बुद्धम्यल्पुम बहुति गोचिरमतिदे निर्वि एककस्तुगृष्ट सत्ज सम्राजन्पवनपुरेश അങ്ങനെ ആ പാലാഴിയിൽ തിമിങ്കലങ്ങളും അതുപോലെ തന്നെ മുതലകളും ഇപ്രകാരമെല്ലാം ഇളകി മറഞ്ഞ് പൊങ്ങുന്ന ആ സമുദ്രം എത്രയേറെ കടഞ്ഞിട്ടും മാറ്റമില്ലാതെ ഇങ്ങനെ നിന്നുതാണ് ഭഗവാനാണെങ്കിലോ കൈകൊണ്ട് മുകളിലും താഴെയും വെച്ചുകൊണ്ട് ആ പർവ്വതത്തെ താഴാതെയും മുകളിലേക്ക് പോയർന്നുപോയെ പിടിച്ചുകൊണ്ട് വാസുകയും അതുപോലെ തലയും വാലും പിടിച്ചുകൊണ്ട് വചനം ചെയ്തുകൊണ്ട് ശോഭിക്കുന്നു ആ അങ്ങനെയുള്ള ഗുരുവായപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും തുടരുകയാണ് ഇനി എന്തൊക്കെയാണ് പാലാഴി മതനത്തിൽ നിന്നും വന്നത് എന്നുള്ളത് ഇരുപത്തിയെട്ടാമത്തെ ദശകത്തിൽ പറയണം തരടാനൂടം അമരസ്തുഗ്നോയാ അതിൽ നിന്ന് വരുന്നത് കാളകൂടം കരളം വളരെ ഘോരമായിരിക്കുന്ന കാളകൂട വിഷം വന്നു എന്നാണ് പാലാരിയിൽ നിന്ന് ഈ കാളകൂടം വന്നതും ആരാണിത് കുടിക്കാതെ ഇതൊരു സ്തുതി ഒരു അശരീതി വന്നത്രേ ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും അപ്പാരും ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അവര് മരിക്കും താൻ മരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് ഭൂമിയിൽ വീണാ ഭൂമി നശിക്കും ഇതാര് സ്വീകരിക്കും ദേവന്മാർക്ക് മനസ്സിലായി ഇതിനെ സ്വീകരിക്കാൻ സ്വയം നശിക്കാതെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരാള് പരമശിവൻ മാത്രമേയുള്ളൂ അതുകൊണ്ടോ അവര് ഗിരീശ അമരസ്മൃതിവാദമോഹനിഗ്നം എല്ലാവരും പരമശിവന്റെ അടുത്തുനിന്ന് ഭഗവാനെ അവിടുന്നേയുള്ളൂ രക്ഷിക്കാൻ ഈ വലിയ പ്രതിസന്ധിയിൽ അങ്ങ് തന്നെ ഉയർത്തണം എന്നെല്ലാം പറഞ്ഞപ്പോ പ്രിയം നിബു തന്റെ മുന്നിൽ നിൽക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് പരമശിവൻ ആ കാളകൂടത്തെ സ്വീകരിച്ചു കുടിച്ചു അങ്ങനെ പരമശിവൻ കുടിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ ഭഗവാന്റെ കണ്ടത്തിൽ ആ വിഷം കെട്ടി നിന്ന് ഭഗവാന് നീലകണ്ഠസ്വാമി എന്നുള്ള പേര് വന്ന് നമ്മൾ കഥക്കെങ്ങനെ കെട്ടിരിക്കുന്നത് ഭഗവാൻ പരമശിവൻ വിഷം കുടിച്ചപ്പോ ആ വിഷം കഴിച്ച സമയത്ത് പാർവതീദേവി വന്ന് വായമുത്തി എന്നും ലക്ഷ്മി ദേവി വന്ന് പായാമർത്തി എന്തൊന്നും ആരായത്തിലും ഭാഗവതത്തിലൊന്നുമില്ല കേട്ടോ അങ്ങനെ ഭഗവാൻ തന്റെ യോഗശക്തി കൊണ്ട് പിടിച്ചു നിർത്തി എന്നൊക്കെയാണ് കഥ പറയുന്നിരിക്കുന്നത് ഏതാലും അതിനുശേഷം സുരാസുരേഷു ജലതിസ്വാമിഷിശു സ്യതാസ്തിമൻ അയരത്നമഭൂതരത്നംരുചാസരസുരേഷു തന്നെ പിന്നീട് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുരഭി ജാഥ സുരഭി എന്ന് പറഞ്ഞാൽ കാമതിയിൽ വന്നു അവരെ എന്ത് ചെയ്തു കൃഷിയിഷു കൃഷി മാർത്തു കൊടുത്തു സുരബി പിന്നീട് ഹയരത്നമബൂത് ഹൈരത്നം ഉച്ചൈസ്ത്രവസ് എന്ന് അശ്വശ്രേഷ്ഠൻ വന്നു അതിനെ കൊടുത്തു ഐരാവതം ഉച്ചൈശ്രവസ്നെ മഹാബലിക്ക് കൊടുത്തു അതിനുശേഷം പിന്നീട് വന്നത് ഐരാവതമാണ് അത് ഇന്ദ്രന് കൊടുത്തു പിന്നീട് അപ്സരസിനോട് വന്നു അവരെ ഏറ്റവും ദേവേഷു നിധ അവരെ ദേവന്മാർക്ക് കൊടുത്തു പിന്നീടോ ജഗദീചവൽപരാ തദാന കമനീയാ കമലാ ബഹൂവദേവി വിലോല സകലോദി സൃഹയാം പാലാടി മഥനത്തിൽ പിന്നീട് വരുന്നത് ലക്ഷ്മി ദേവിയാണ് വരുന്നത് കൊണ്ടാണ് ഒരാളെ വിവാഹം കഴിക്കുന്നു അപ്പൊ ലക്ഷ്മിയാണ് വരുന്നത് എന്ന് എല്ലാവർക്കും മോഹൻ ഇങ്ങോട്ട് വന്നത് അരഗീതിയാണ് എല്ലാവരും തലതിരിക്കുന്നു പക്ഷെ ലക്ഷ്മി ദേവിയാണെങ്കിൽ ഒരാളിൽ മാത്രം ആസക്തയായിരുന്നു ആരിലാണ് പറയുന്നു യഗതീശതാ നിമ്പൽപ്പറ ഗുരുവായൂരപ്പ അങ്ങേതന്നെ മനസ്സ് വെച്ചിരിക്കുന്ന ആ ലക്ഷ്മി മറ്റാരിലേക്ക് നോക്കിയില്ലേ കമലാദേവി അവിടെ നിന്ന് വന്നിട്ട് സകല ലോകാദേവി ലോക എല്ലാവരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മി ദേവി ആരുടെക്കും പോവാതെ എന്ത് ചെയ്തു ഭഗവാനിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെ ദത്തഹൃദയ ദേവി ഭഗവാനിൽ മനസ്സുവച്ചിരിക്കുന്ന ദേവിയെ പണിപീടികാം ദശേന്ദ്രൻ അവിടെ നിന്ന് ഉടനെ തന്നെ ഇന്ദ്രൻ വന്നിട്ട് പണിപീടിയിൽ പീടം കൊണ്ടുവന്നുവച്ചു എന്നിട്ടോ ഉടനെ തന്നെ ഋഷയ സകലോഭൃത അഭിഷേകനീയെ ശ്രുതികീർത്തി ഋഷീശ്വരന്മാരും മറ്റും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പാദങ്ങളെ അഭിഷേകം ചെയ്ത് പൂജിച്ചു കാരണം ഭഗവാനെ മനസ് ആളാണല്ലോ ആര് മഹാലക്ഷ്മി അങ്ങനെ പൂജിച്ചു നാം എന്തിനോ അഭിഷേകജലാനുപാതിമുക്താങ്കേരവഭൂഷിതംഗവല്ലിം മണികുണ്ടല പീതചേലഹാര പ്രമുഖൈ താമപരാധയോന്നഭൂഷൺ അഭിഷേകം കഴിഞ്ഞതും ദേവന്മാരെല്ലാം ആ ദേവി മണികുണ്ഡല പീതദേഹാര പ്രമുഖേ അന്നഭൂഷൻ മാലകളാലും വസ്ത്രങ്ങളാലും അതിമനോഹരയാക്കി നല്ലവണ്ണം വിഭൂഷിതയാക്കി അലങ്കരിച്ചു കാരണം ഭഗവാന്റെ കടാക്ഷം അനുഭവിച്ചവളാണ് മഹാലക്ഷ്മി ഇപ്പൊ ഭഗവാനിലേക്ക് മനസ്സ് ഇനി ഭഗവാൻ ആ ലക്ഷ്മി ദേവി സ്വീകരിക്കുകയാണ് ുജ കുയാദ ചിഞ്ഞ്ജിതമഞ്ജുനോ പുരാ വ്രീവിനസമാസാധ ദേവിയുടെ ശരീരത്തിൽ ധാരാളം തലയിലൊക്കെ ധാരാളം പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് അതിന്റെയൊക്കെ സുഗന്ധം കൊണ്ട് ധാരാളം വണ്ടുകൾ ദേവിക്ക് ചുറ്റും പറക്കുന്നുണ്ട് ദേവിയാണെങ്കിലോ അതിസുന്ദരമായ ആ രൂപത്തോടുകൂടിയ ദേവി അവിടെ നിന്ന് പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് പ്രീണവിലാസത്വം ആസത്താണ് ആ ഗുരുവായൂരപ്പന്റെ അടുത്ത് എത്തിച്ചേർന്നു ഇതിട്ടോ ഗിരീശ ദ്രോഹിണാദി സർവദേവൻ ഗുണവരൂമുക്തോഷലേശൻ ഗിരിശ ദൃഹിണാദി സർവ്വ ദേവാൻ ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെല്ലാം നോക്കണേ പരമശ്വരൻ രക്ഷെ കുറിച്ചിട്ടായിരിക്കുന്നത് ലക്ഷ്മിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മോഹം ഇങ്ങോട്ട് വരുവാണ് പരമശിവന്റെ മനസ്സും ലക്ഷ്മിയെ കിട്ടാനെന്ന് കൊതിച്ചു പക്ഷെ ഇവരെല്ലാം ചില ദോഷങ്ങളുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാലക്ഷ്മി ദീതു അവിടെ നിന്ന് അവരെയൊക്കെ വിട്ടുകൊണ്ട് യാതൊരു ദോഷങ്ങളുമില്ലാത്ത തൊയ്യേവരങ് അങ്ങേ തന്നെ രമിക്കുന്ന ദേവി അവിടുന്ന് അനയാദിവ്യമാലാതിഹിതാ തൂ അവിടുന്ന് എടുത്തുകൊണ്ട് അനയാദിവ്യമാലാതിഹിത ഭഗവാന്റെ കഴുത്തിലേക്ക് തന്റെ കയ്യിലുള്ള ദിവ്യമാലേ അർപ്പിച്ചു എതിരോ ഉരസാ തരസാമമാനിതൈരാം ഭുവജനീമനിന്യഭാവം മധുരോ വിളസത്തധീക്ഷണശ്രീ പരിവിഷ്ടുഷ്ടസവിശം അനന്യഭാവം മറ്റിലും മനസ്സ് വയ്ക്കാത്ത ഭഗവാനിൽ തന്റെ മനസ്സ് വെച്ചിരിക്കുന്ന ജനനി ഈ ഭുവനത്തിന് ജനനിയായിരിക്കുന്ന മഹാലക്ഷ്മി ഭഗവാൻ ചോദിച്ചു എന്താ ദേവി വേണ്ടത് എന്ന് ഹൃദയത്തിൽ സ്ഥാനം വേണമെന്ന് വേറെ എവിടെയും വേണ്ട ഭഗവാൻ സമാധാനിച്ച തലേര് വേണമെന്ന് പറഞ്ഞില്ലല്ലോ സാധാരണ ആളുകൾ തലയിൽ കയറിയിരിക്കുക പറയുക ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം മതി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ തരസ ഉരസമനിത തന്റെ ഹൃദയത്തിൽ മാറിടത്തിൽ സ്ഥാനം കൊടുത്തു ഇപ്രകാരം ദേവി ഭഗവാന്റെ ഹൃദയത്തിലിരുന്ന് ഈ ലോകത്തെ മുഴുവൻ കടാക്ഷിച്ച് അനുഗ്രഹിക്കുന്നു പറയാം അതിമോഹന വിഭ്രമാാനീ മതയന്തിരാക പദവീ മതാസ്തമേന അതിസമ്മാനനയാ മഹാസുരേഭ്യ ലക്ഷ്മി ദേവിയുടെ നേരെ പുറകില് വേറൊരു ദേവി വന്നു ആ ദേവിയുടെ പേര് വാരുണീദേവി എന്നാണ് അതാരാണ് വാരുണീദേവി മദ്യമാണ് വാരുണീദേവി ആ മതയന്തി വാരുണി മതം വരുത്തുന്നവളാണ് വരുണീദേവി അവള് വന്നപ്പോഴോ അതിസമ്മാനയ മഹാസുരേപ്യ ഭഗവാൻ പറഞ്ഞത് ദേവന്മാർ കുടിക്കേണ്ട സാധനമല്ല അസുരന്മാരെ കുടിക്കേണ്ട സാധന എന്ന് ആർക്ക് കൊടുത്തു അസുരന്മാർക്ക് കാണാനോ നിങ്ങൾക്ക് അസുരന്മാരെ കുടിക്കുന്ന സാധന കുടിച്ചു കഴിഞ്ഞാൽ സ്വഭാവതം പോകുന്ന സാധനം ആയതുകൊണ്ടാണ് അസുരന്മാർക്ക് കൊടുത്തത് എന്നിട്ടോ തരുണാബുതസുന്ദരസ്ഥ അമൃതം കലശേവഹൻ കരാം ൻ കാർമുകർണത്തിൽ ഒരു കാർമിക വർണ്ണ രൂപത്തിൽ ഭഗവതി പ്രകടമായി ഏത് ഭഗവതിയാണ് പ്രകടമാവുന്നത് കലശേ അമൃതം വഹൻ ധന്വന്തിരി ധന്വന്തിരി രൂപത്തിൽ ഭഗവാൻ ഒരു ദേവിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രകടമായിക്കൊണ്ട് അമൃതകലശം എടുത്തുകൊണ്ടുവന്നു ആ അമൃതകലശം കൊണ്ടുവരുന്ന ഭഗവാനെ അവിടുന്ന് എന്റെ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ പട്ടതിരിപ്പാട് ഉപസമരിപ്പിച്ചു ഇനി വീണ്ടും ഇരുപത്തൊൻപതാമത്തെ ദശകം അതിന്റെ തുടർച്ചയാണ് വന്നപ്പോഴ എന്താ ചെയ്തത് അമൃതം ആർക്കാ കിട്ടിയത് ദേവന്മാർക്കാണോ പറയാനല്ല പിന്നെ എവിടെ പോയി അമൃതം അമൃതം കരസ്സൂ ദൈത്യുദാന സദ്യസ്തദേവഭവൽ ആ കലശവുമായി ഉയർന്നു വരുന്നിരിക്കുന്ന വരുണീദേവിയുടെ കയ്യിൽ നിന്ന് കരാൾ ദൈത്യേഷു അമൃതം ഹരത്സു ആ ദേവന്മാരെ നോക്കി നിൽക്കെ അസുരന്മാരെ അമൃതം അരിച്ചുകൊണ്ട് പോയി എന്നിട്ടോ അശരണാൻ താൻ ദേവാല ദേവന്മാരെല്ലാം ഭഗവാന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഭഗവാനെ അമൃതത്തിന് വേണ്ടിട്ടല്ലേ വെറുതെ നേരം വരക്കട്ടത് അമൃതം പോയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഭഗവാൻ തം സദ്യ തിരോഹിത ഭഗവാൻ അവിടെ തിരൂപവിച്ച് മറഞ്ഞു എന്നിട്ടോ ഭവൽപ്രഭാവാദ്യകലഹ ആ ദേവന്മാരെ ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് കിട്ടാതെ വന്നപ്പോ അസുരന്മാർക്ക് അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കില്ല അവര് പരസ്പരം അത് കഴിക്കാതെ കലഹിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത് എന്നിട്ടോ ഭഗവാൻ എന്റെ ചെയ്തു ശ്യാമ്യം ുംബകലഹം വരിമുച്ച സർവേ കൃഷ്ണാകുല പ്രതിയുജേ ഭക്തതിരിപ്പാണ് ഭക്തനാണെങ്കിലും ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ആ കവിത ഒരു സാഹിത്യ സംസ്കാരമുണ്ടല്ലോ പണ്ട് കാലത്ത് വളരെയധികം സാഹിത്യ സംസ്കൃതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പോ അതിന്റെ ഒരു സംസ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം ചെലവെടുത്ത ഭാഗവതത്തിൽ നിന്ന് കുറച്ച് വിധിട്ട് സ്വന്തം അഭിപ്രായത്തിലേക്കൊക്കെ അദ്ദേഹം പോണത് ഇവിടെ പ്രധാനിത്വം അപ്പോൾ ഭഗവാൻ അതിസുന്ദരിയായിരിക്കുന്ന സർവ സ്ത്രീകളുടെയും സൌന്ദര്യം ഒരു സ്ത്രീലേക്ക് കൊണ്ടുവന്നാൽ എത്രമാത്രം സൌന്ദര്യം സ്ത്രീയിലുണ്ടാവോ അത്രയും സൌന്ദര്യം എടുത്തുകൊണ്ട് ഭഗവാൻ പുരമണ്ഡല പൂങ്കരാം ഭഗവാന്റെ സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് സുന്ദരിയിരിക്കുന്ന സ്ത്രീയുടെ ഭാര സ്ഥലഭാരം കൊണ്ട് ഭഗവാൻ അല്പമൊന്ന് വളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ അവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അസുരന്മാരുടെ അവരിങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ അവരടുത്തേക്ക് എന്ന് എന്നിട്ടോ പൈസാതിശാമ്യം പ്രായം കൊണ്ട് ചെറുപ്പം സുന്ദരി ഇതെല്ലാം കണ്ടപ്പോ സർവീ പീയൂഷകലഹം പരിമിത്യ അവര് അമൃതകലശത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ടുകൊണ്ട് ുംഭേ കൃഷ്ണാകുല ദേവിയുടെ സ്ഥനകുംഭത്തെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് അതൊക്കെ സാഹിത്യത്തിന്റേതാണ് അപ്പോ അമൃതകലശത്തിന്റെ ചിന്ത അവർ വിട്ടുവെന്നാണ് ദേവിയുടെ സൌന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവരെല്ലാം ദേവിയുടെ ചുറ്റും ഓടിക്കൂടി ഇപ്പൊ അവർക്ക് അമൃതം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആരെക്കുറിച്ചറിയണം ഈ പാർട്ടി ഇവിടുന്ന് വന്നു എന്നറിയണം ഇത് സെറ്റിൽ ചെയ്തിട്ട് മതി മറ്റില് സെറ്റിൽ ചെയ്യാന്ന് എന്നൊരു ചോദിക്കുകയാണ് കാത്തുമ മൃഗാക്ഷി വിഭജസ്വസുധാമാമിരി ആരുടരാഗവിവാരയാജതോ മൂ വിശ്വസ്യേ മൈക്കതം കുലഡാസ് ദൈറ്റ ഇനവന്നി സുവിശ്യാന ും കാ ഓരോരുത്തർ കഥ അറിയേണ്ടത് നീ ആരാണ് അപ്പോഴേക്ക് ഒരുത്തൻ സാരി പിടിച്ചു നോക്കും ഒരുത്തൻ തലമണത്ത് നോക്കും പെർഫ്യൂമുകളൊക്കെ അടിച്ചുകൊണ്ട് ഭഗവാനിങ്ങനെ അവരെ മയക്കിക്കളഞ്ഞു എവിടുന്നു വന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ മോഹം എന്നൊക്കെ അവർക്ക് അറിയണം ഏതറിയണ്ട അമൃതത്തിന്റെ കാര്യമൊക്കെ അവർ വിട്ടു ഇത് മാത്രം അറിഞ്ഞാ മതി ഇത് കണ്ടപ്പോൾ ഭഗവാൻ ഇതു താഴോട്ട് നോക്കി പെരുവനുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ നാണെന്ന് കൊണ്ട് ഇങ്ങനെ അവരെ നോക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ നോക്കില്ല അങ്ങനെയൊക്കെ അവരെ മോഹിപ്പിച്ച് മോഹിപ്പിച്ചപ്പോ അവർക്കിങ്ങനെ തോന്നി ഒരു കാര്യം ചെയ്യാം ഇവളെ കൊണ്ട് അമൃതം വിളപ്പിച്ചാൽ നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരിക്കലും ചോദിക്കുകയാണ് സുധാവിപദ്ധ്യസ്ത ദേവി വിപ ഞങ്ങൾ തന്നാ മതി അപ്പൊ ദേവി എന്നെ എങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ അഹം ഞാനൊരു കുലടാ അസ്മി വിശ്വസിക്കാൻ പറ്റാത്തവളാണെന്ന് ഭഗവാൻ തന്നെ അവരോട് പറയുന്നത് എന്നെ വിശ്വസിക്കരുതെന്ന് അപ്പൊ അവര് പറഞ്ഞു എന്നെ ഞങ്ങൾക്ക് വിശ്വാസമെന്ന് നോക്കണേ അവരുടെ ഒരു മനസ്സിന്റെ ഒരു ഉറപ്പ് വിശ്വസിക്കാൻ കൊള്ളില്ലാതെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഉടനെ അവര് പറയാണ് ആരും ഇങ്ങനെ തുറന്നു പറയാറില്ല എന്ന് അപ്പൊ അതുകൊണ്ട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ വിശ്വസിക്കുക എന്താണ് ചെയ്യാന്ന് ഉടനെ ഭഗവാൻ മനസ്സിൽ പറയുകയാണ് ഒരു കാര്യം ചെയ്യാതെ നമ്മൾ എന്നെ ഇങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ ദുഷ്കരിഷ്ഠിതം അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരോർമ്മിപ്പിക്കുകയാണ് മനസ്സുകൊണ്ടിട്ടോ എന്നാൽ അവരോട് പറയുന്നൊന്നുമില്ല മനസ്സിലാ പറയുന്നത് മോദാസുദാ കലശമേഷ തധസ്വസാധ്യം ദുശേക്ഷിതം മമ സഹ ധമതി ബ്രുവാണ പേരിവിനിവേശി തൈക്ക ലീലാവിസഗതി സമദ സുദാ അങ്ങനെ അവർക്ക് വളരെ കോൺഫിഡൻസായി ഓ ഭഗവാൻ ചതിക്കില്ലാന്ന് ഭഗവാനാണെന്ന് അറിയില്ല ഒരു സുന്ദരി പെണ്ണ് അപ്പൊ ഒരുത്തം പറഞ്ഞു ദേവിക്ക് ഞങ്ങളിൽ ഒരാളെ ഇഷ്ടപ്പെട്ടാ ദേവി കല്യാണം കഴിക്കൂന്ന് എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ഓ കല്യാണം കഴിക്കാലോ എന്ന് അവർ കാര്യം ചെയ്യും ദേവി തന്നെ അമൃത് വളർന്നിട്ട് ഒരാളെ തെരഞ്ഞെടുത്തോളൂ ഉടനെ ഭഗവാൻ പറയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രവൃത്തി മമ ദുസ്തേഷിതം സഹത്വം നിങ്ങൾ അനുഭവിക്കട്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് മനസ്സിൽ പറഞ്ഞു ഇതൊരു ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളിങ്ങനെ കണ്ണടച്ചിട്ട് നിവർ വരിയായിട്ട് തോന്നു ഞാൻ അമൃത് ഇങ്ങനെ വായേണ്ടരാം അപ്പൊ നിങ്ങളെന്ത് ചെയ്യണം കണ്ണടച്ച് വായൊളിക്കണം ഇനിയിരിക്കണം ഞാനിങ്ങനെ ഒഴിച്ചു തരാം എന്നിട്ട് അവസാനമാരാണോ കണ്ണു നടക്കുന്നത് അവരെ ഞാൻ എന്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചുകൊള്ളാം അറിയേണ്ട താമസം ഇരിക്കലും വായൊളിക്കുന്നു ഇവരൊരു വരിയായിട്ട് ഇങ്ങനെ രസമായിരിക്കുന്നു ഇങ്ങനെ എല്ലാവരും ഒരു വരിയിൽ വായം ഒളിച്ചിരിക്കുന്നത് ഭഗവാൻ ഉടനെ തന്നെ ദേവന്മാരോട് എന്ത് വേഗം പങ്ക്തിപ്രവേദ വിനിവേച്ച ദേവദൈത്യ ദേവന്മാരോട് വേറെ പങ്ക്തിയിലിരിക്കാൻ പറഞ്ഞുമാരെ ഉള്ളു അവരോട് വായ വിളിക്കാൻ പറഞ്ഞു കണ്ണടയ്ക്കാതെ വായ വിളിക്കാൻ മറ്റവരോട് കണ്ണടച്ച് വായ വിളിക്കാൻ ദേവന്മാരും വായ വിളിച്ചു ഭഗവാൻ ഇങ്ങനെ അമൃത കൊണ്ടു വിളിക്കാൻ തുടങ്ങും എന്നിട്ട് ഇടയ്ക്കിന്തിയും അസുരന്മാരുടെ ഇടയിലൊന്ന് ചെല്ലും മുഖക്കൊന്ന് തട്ടു തലയിലൊന്ന് തലോടും വിളമ്പുണ്ട് വിളമ്പുണ്ട് എന്ന് പറയാനേ എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ അവരുടെ ഇടയിൽ നടന്നപ്പോ അപ്പോഴാണ് ഒരാൾക്ക് ഇങ്ങനെ തോന്നി ഇതിലെന്തോ ചതിയുണ്ട് സംഗതി ഈ ദേവന്മാരുടെ ചിലര് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത വീട്ടിൽ എന്നാൽ ഇവിടെ അസുരന്മാരൊന്നും ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല വായ പൊളിച്ചു തന്നെയുള്ളൂ ദേവിയുടെ പാർതസരത്തിന്റെ ശബ്ദം കേൾക്കാന്നല്ലാതെ വേറൊന്നും കേൾക്കണില്ല വളകളുടെ ശബ്ദം ഇതെന്താ ഇങ്ങനെ അസുരന്മാരൊന്നും കഴിക്കാത്തത് ദേവം ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയതാണ് അപ്പൊ നോക്കുമ്പോഴെന്താ കാണുന്നത് ദേവന്മാരൊക്കെ വിഴിഞ്ഞമുണ്ട് അസുരന്മാര് വായം വിളിച്ചിരിക്കുന്നു ഉടനെ അവിടെ എന്ത് ചെയ്തു അസ്മാണയി സുരേഷു തേശു ജോഷം സുരേഷത സമാസുധാംരേഷു തും ഭക്തലോകവശോ നിജരൂപമേത്യ സർബാനമർദരിമീതസുഖമ്യനാവീ മാസവും കടയിനി ഓ അടുത്തുകൂടെ ഇങ്ങനെ ദേവി പോകുമ്പോൾ ഒരാൾ പറയാനുള്ള കെട്ടും കെട്ടും തോന്നണോന്ന് കാരണം അത്ര നമ്മളോട് സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെ ചേർന്ന് പോകില്ലല്ലോ അങ്ങനെയൊക്കെ അവർക്ക് തോന്നി അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒരു അസുരന് തോന്നി ഇതിലെന്തോ കൊഴപ്പുണ്ടെന്ന് സ്വബാലോ എന്ന് പറയുന്ന അസുരൻ അയാൾ എന്ത് ചെയ്തു കണ്ണു തുറന്നു നോക്കി എന്നാണ് അപ്പൊ നോക്കുമ്പോ അസുരന്മാർക്കൊന്നും അമൃതം കിട്ടുന്നില്ല അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏ അസുരന്മാരെ നമ്മളെ ചതിച്ചു വഞ്ചിച്ചു അമൃതം മുഴുവൻ ദേവന്മാർക്കാ പോകുന്നത് അപ്പൊ മറ്റേ അസുരന്മാർ വന്നു നിനക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം അവർക്ക് അമൃതില്ലെങ്കിലും കുഴപ്പമില്ല ലക്ഷ്മി ഈ പെണ്ണിനെ കിട്ടിയാൽ മതി എന്തിനു പറയുന്നു അവൻ എന്ത് ചെയ്തു വേഷം മാറി സർബാന മർദ്ദപരിമീതം വേഗം ഭക്തലോകവശകോതിജ രൂപമേറ്റിയ ഭഗവാന്റെ രൂപമെടുത്തുകൊണ്ടവൻ വിഷ്ണുരൂപമെടുത്തുകൊണ്ടവൻ സൂര്യദേവനും ചന്ദ്രദേവനും ഇടയിൽ പോയി അങ്ങോട്ടിരുന്ന് അവരെപ്പോലെ വായമൊളിച്ചു ഭഗവാൻ അപ്പോഴേക്കും അമൃതം അങ്ങോട്ട് ഒഴിച്ചു പിന്നെ നോക്കുമ്പോഴാണ് വായിൽ വലിയ പല്ലുകൾ കാണുന്ന ദ്രംഷകൾ കണ്ടവൻ ഭഗവാൻ സുദർശന ചക്രത്തെ സ്മരിച്ചുകൊണ്ട് അവന്റെ കഴുത്ത് മുറിച്ചു കഴുത്തു മുറിച്ചതും അവന്റെ ഉടലിൽ മുഴുവൻ കത്തിപ്പോയി തല മാത്രം കത്തിയില്ല കാരണം അമൃതം സ്പർശിച്ചു അമൃതസ്പർശമുള്ളോട്ട് തല കത്തിയില്ല ബാക്കിയൊക്കെ കരിഞ്ഞുപോയി അന്നുമുതൽ അവന് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സൂര്യദേവനും ചന്ദ്രനുമാണെന്ന് കരുതി അവരെ പിടിച്ചു ആര് ഈ സ്വർബർ അവനാണ് പിന്നീട് രാഹുവും കേന്ദ്രവുമായത് ഇപ്രകാരം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്ന കഥ പറയുകയാണ് സ്വത്ത സ്വചാഹരണയോഗ്യഫലം വരേശു ദുരേഗലുദേഗണ്ണൻ കോരെ ദേവന്മാർക്ക് അസുരന്മാർക്ക് അമൃത കൊടുക്കാതെ ദേവന്മാർക്ക് അമൃതം കൊടുത്തതിലൊരു ദേഷ്യം കൊണ്ട് അവരെല്ലാം ശക്തരായി ദേവന്മാരോട് പോരാടിയപ്പോ ഭഗവാൻ വീണ്ടും സ്വമിരാസി അവിടെ പ്രകടമായി അസുരന്മാരോട് ഘോരമായ യുദ്ധത്തിൽ തയ്യാറായി എന്നിട്ട് ആരൊക്കെയാണ് വധിക്കുന്നത് ഭഗവാൻക്രോജകൻ ഭഗവാൻത്വം കാലനേമി മാനിമുഖാം ജിഗന്ത കാലനേമി എന്ന് പറയുന്ന അസുരനെ ഓദിച്ചു ഈ കാലനേമി എന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ കാലനേമി എന്നുള്ള പേര് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ കാലനേമിയാണ് പിൽക്കാലത്ത് കംസനായി വരുന്നത് എന്നുള്ളത് ദശമസ്കന്ധം വരുമ്പം വരും അപ്പം ഭഗവാൻ കാലനേമിയെ വധിച്ചുവെന്നാണ് പിന്നീട് മാലിമുഖാൻ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ വധിച്ചു ഇന്ദ്രൻ സഭാകാൻ എന്നൊരാളെ വധിച്ചു അതിനുശേഷം നമുജു എന്ന് പറയുന്ന ഒരു അസുരനെ അങ്ങനെയൊന്നും കൊല്ലാൻ സാധ്യമല്ല എന്ന് നാരദമാഷി പറഞ്ഞപ്പോ തേനീനരൂനെ പേനയിലെന്ന് പറഞ്ഞാൽ ഫാനിൽ കെട്ടിത്തൂക്കി നല്ല അർത്ഥം പേനയിലെന്ന് പറഞ്ഞാൽ കുമിലകളെ കൊണ്ട് വെള്ളത്തിലെ നുര കൊണ്ട് പത കൊണ്ട് ബബിൾസ് കൊണ്ട് കൊന്നു വന്നാണ് എങ്ങനെ കൊന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഇത് സംസ്കൃത അറിയാത്തവൻ വായിച്ച എളുപ്പമാണ് പേനയിലെ പറഞ്ഞാൽ കെട്ടിത്തൂക്കിട്ടെ കൊന്നു വന്നു ഇപ്രകാരം നാരദകിരണം എന്നതാ ഭഗവാൻ ഇവരൊക്കെ വധിച്ചു എന്നാണ് അപ്പോ എന്നിട്ടെന്തോട്ടി ദേവന്മാരെയൊക്കെ വീണ്ടും അനുഗ്രഹിച്ചു അവിടുന്ന് പോയപ്പോ ജോഷാവവുർദനജമോഹനവാഹിതം തേ സ്വത് വിവിലോകനകുതൂഹലവേശ ഭൂതൈ സമം ഗിരിദയാ ജഗത പദം തേ സ്വത്വീതം തമദോ തിരോധ ദേവന്മാർ അമൃതമൊക്കെ കഴിച്ച് സ്ട്രോങ് ആയി ഉഷാറായി പരമശിവനാണെങ്കിൽ ശിവരാത്രിയും കഴിഞ്ഞു കാരണം തൊണ്ടയിലുള്ള വിഷമക്കുണങ്ങി ആളെ കയ്മനായി അപ്പോഴാണ് ആരോ പറഞ്ഞത് ഒരു മോഹിനി ഷോ കഴിഞ്ഞു എന്ന് അപ്പൊ മോഹം എന്ത് ആ മോഹിനി വേഷം ഒന്ന് കാണണം എന്നൊരു മോഹം യോഷാവപൂർ ദുരിത മോഹനാഹിതം അസുരന്മാരെ മോഹിപ്പിച്ചീവേഷം ഒന്ന് കാണണെന്ന് ശുത്വ വിലോകന കുതൂഹലവാൻ മഹേഷ മഹേഷൻ അതൊന്ന് കാണണം മോഹം അദ്ദേഹത്തിന്റെ ഭൂതേ സമം ഗിരിജയ ഷോ കാണാൻ വേണ്ടി ഫുൾ ടിക്കൻ എടുത്തു ഗിരിജാദേവിയുണ്ട് ഭൂതങ്ങളൊക്കെ ഇട്ട് നേരെ ചെന്നു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് കാണിച്ചു പ്ലീസ് ഭഗവാനെ എന്ന് അങ്ങ് പലർക്കും കാണിച്ചു കൊടുത്തില്ലേ ഞാനെന്ന് വിഷം കഴിച്ചിട്ട് ശിവരാത്രി ആഘോഷിച്ച് ഭക്തന്മാരൊക്കെ എന്റെ ചുറ്റുമുള്ളതുകൊണ്ട് എനിക്കന്ന് അങ്ങടുത്ത് ഷോ കാണാൻ സാധിച്ചില്ല അങ്ങനെ പരമശിവന് വേണ്ടി വീണ്ടും ഒരിക്കൽ ആര് ഭഗവാൻ മോഹിനി വേഷം കിട്ടിയതാണ് ആരാമസീ മന്ദ ോലായ മാനയം കമനി മനോജ്ഞാ താമേ വിച്ഛ വികദ്വസന മനോഭൂ വേഗാദനം ഗരിപുരംഗ സമാനിംഗാ അപ്പൊ ഇങ്ങനെയുള്ള ഷോക്കാണെങ്കിൽ ഉദ്യാനം വേണല്ലോ വലിയൊരു മൈതാനം അവിടെ ഒരു പങ്ക് പിടിച്ചുകൊണ്ട് ദേവി പരമശിവനും കൊട്ടിൽ നോക്കുമ്പോണ്ട് അതിസുന്ദരിയായിട്ടുള്ളൊരു രൂപം പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പരമശിവനെ നോക്കിക്കൊണ്ട് ആ രൂപം കണ്ടുകൊണ്ടൊരു വിളി പിന്നെന്താ സംഭവിച്ചതെന്ന് പരമശിവനും അറിയില്ല പാർവതീദേവിയുടെ പിടുത്തമൊക്കെ വിട്ടുകൊണ്ട് പരമശിവൻ ഓട്ടം സിനിമയിലൊക്കെ കാണാറില്ലേ ഭരത്തിന്റെ ചുറ്റും ഓടുന്നത് അതുപോലെ ഓടുന്നു മോഹിനി ദേവിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ ശ്രമിച്ചു മോഹിനി ദേവി രക്ഷപ്പെട്ടു അവസാനം എന്തിനു പറയുന്നു മനോജ്ഞാം കമനീം വികളത് വസ്ത്രം പിടിച്ചു സാരി പിടിച്ചോടുകൂടി സാരി അഴിഞ്ഞു പോകുന്നതാണ് പിന്നെ ആ രൂപത്തെ കണ്ടതും ആലിംഗനം ചെയ്തു എന്നാണ് പരമശിവൻ അനലിങ്കരികൂ മനോ മനോഭൂ കാൽ സമാലിംഗ ദേവിയെ ആലിംഗനം ചെയ്തു പിന്നെയോ എന്തുണ്ടായി ഭൂയോതീമ്യോ വീര്യപ്രമോക്ഷ വികസ പരമാ അഭിവിധ്രുവതീഭൂയ വീണ്ടും പരമശിവൻ ആ മോഹിനീദേവിയുടെ പുറകിലോടിയപ്പോ ഉപദാദ്യ വീര്യപ്രമോക്ഷ വികസൽ പരമശിവന്റെ ശരീരത്തിൽ നിന്നും വീര്യം പുറത്തുപോയി എന്നാണ് വീരം പുറത്തുപോയി എന്നാണ് ആ സമയത്ത് പരമാർത്ഥബോധം പരമശിവന് പരമാർത്ഥബോധമുണ്ടായെന്നും അവിടുന്ന് വേഗം പാർവതീദേവിയിലടുത്തു വന്ന് പരമശിവൻ മഹാവിഷ്ണുവിന്റെ ഭഗവാന്റെ മഹിമയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു എന്ന് പറയുന്നു അപ്രകാരമുള്ള മോഹിനീ കിട്ടിയ ഗുരുവായ്പ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉപസമിപ്പിച്ചു ഇവിടെ രണ്ട് കഥകളാണ് പാലാഴിമനം കഥയും രണ്ടാമത്തത് ശിവമോഹന കഥയും അതിനെ പറയ ശങ്കരമോഹനം എന്നാണ് ശങ്കരനെ മോഹിപ്പിച്ച മോഹിനി ദേവിയുടെ കഥയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല സാധാരണ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലൊരു വിശ്വാസമുള്ളത് പരമശിവന്റെ ബീജം മോഹിനീ ദേവിയിൽ വീണിട്ടാണത്രേ സ്വാമി അയ്യപ്പൻ വരുന്നത് എന്നുള്ള കഥയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഭാഗവതത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലും പട്ടതിരിപ്പാട് അങ്ങനെ ഒരു അയ്യപ്പന്റെ അവതാരം പറഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം ഭാഗവതത്തിൽ അങ്ങനെ ഒരു അവതാരം പറഞ്ഞിട്ടില്ല അതുപോലെ എവിടെയില്ല നാരായണീയത്തിൽ നോക്കൂ ശ്രദ്ധിച്ചോ നിങ്ങൾ ആ ശ്ലോകം അവസാനത്തെ ശ്ലോകത്തിൽ അയ്യപ്പെന്നുള്ളൊരു വാക്ക് എവിടെയില്ല അദ്ദേഹത്തിന് ബീജം പുറത്തുപോയെന്നും മോഹിനി ദേവിയിൽ പോലും വീണുവെന്നും എഴുതിയിട്ടില്ല അദ്ദേഹത്തിന്റെ വീര്യം പുറത്തുപോയ സമയത്ത് പരമാർത്ഥബോധം വന്നു എന്നും ഭഗവാന്റെ മഹിമ ആരോട് പറഞ്ഞു ഗിരിജയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഉപസംബരിപ്പിക്കുന്നത് ഏതായാലും ഈ രണ്ട് കഥകളുടെയും ആത്മികമായ കാര്യം നമ്മൾ മനസ്സിലാക്കിവെക്കണം ഒന്നാമത്തത് പാലാഴി മഥനം അത് ഒരു സാങ്കല്പിക കഥയാണ് നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ അല്ലേ ഒരു കടലിനെ കടലിന് ഒരു പർവ്വതം കൊണ്ടുപോയിട്ട് പാമ്പിനെ ചുറ്റിക്കൊണ്ട് വരിക്കുക സാധ്യമായ ഒരു കാര്യമാണോ ആണോ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യം അപ്പൊ പിന്നെന്താ ഇങ്ങനെയൊരു കഥ പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഭാഗവതമൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുമ്പോണ്ടല്ലോ ഒരുപാട് നമുക്ക് ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റും ഈ കഥ പറയുന്നത് ഗൌരവ മനുന്ദരം മൂന്ന് മഞ്ഞുന്തരത്തിന്റെ കഥയാണ് എട്ടാമത്തെ സ്കന്ധത്തിൽ ഒന്ന് താമസ മന്നുന്തരം ഗൌരവ മന്നരം പിന്നെ എന്താണ് സാത്വിക മന്നരം അതായത് ആ സാത്വിക മന്നരത്തിനെ മറ്റൊരു പേര് വിളിക്കുന്നത് മാത്രം ഇവിടെ രജോ ഗുണത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ സത്വഗുണത്തിലേക്ക് ഉയർത്താനുള്ള ഒരു ലീലയായിട്ടാണ് പാലാഴി മഥനം ലീലയെ പറയുന്നത് മനുഷ്യന്റെ രണ്ട് ശത്രുക്കളായിട്ട് കണക്കാക്കിയിരിക്കുന്നതാണ് തമോഗുണവും രജോ ഗുണം ശത്രുക്കൾ എന്ന് പറഞ്ഞു തമോ ഗുണം മനുഷ്യനെ ഉയരാൻ അനുവദിക്കില്ല രജോ മനുഷ്യനെ നിന്ന തന്നെ പിടിച്ചു നിർത്തിക്കളി അവിടെ നിന്ന് അങ്ങോട്ട് ഉയരില്ല അപ്പൊ ഈ രണ്ട് ഗുണങ്ങളിൽ നിന്ന് നമ്മൾ ഉയരണമെങ്കിൽ തമോ ഗുണത്തെ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടുയരണം അറിവിലൂടെ നമ്മൾ തമോ ഗുണത്തിൽ നിന്ന് ഉയരണം അതായത് ഒരു ചിട്ടയോടുകൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറാണ് രണ്ടാമത്തത് രജോഗുണത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് കാമക്രോധങ്ങളെ നിയന്ത്രിക്കേണ്ടത് നമുക്കവിടെയും ചില അനുഷ്ഠാനങ്ങൾ വേണമെന്ന് പറയുന്നു ആ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പാലാഴി മഥനം അപ്പൊ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മൾ ഉപാസന എങ്ങനെ ചെയ്യണമെന്നാണ് പാലാഴി മതനത്തിലൂടെ പറയുന്നത് മനസ്സാണ് പാലാഴി ഒരറ്റമില്ലാത്ത സാഗരമാണ് പാലാഴിയെങ്കിൽ നമ്മുടെ മനസ്സിനും എന്തില്ല ഒരറ്റമില്ല എപ്രകാരമാണോ വെള്ളമൊഴുതുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൽ ചിന്തകളും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാലാഴി തന്നെയാണ് അപ്പൊ മനസ്സാകുന്ന പാലാഴിയിൽ മന്ദരപർവ്വതത്തെ കൊണ്ടിടണം മന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മന്ദനം ചെയ്തെടുക്കേണ്ടത് കടഞ്ഞെടുക്കേണ്ടത് അത് ബുദ്ധി കൊണ്ടാണെന്ന് പറയാം അപ്പൊ നമ്മുടെ ബുദ്ധിയെ തന്നെയാണ് മന്ദരപർവതമായി ഇവിടെ കൊണ്ടിടേണ്ടത് മനസ്സാകുന്ന പാലാഴി മനസ് താഴെയും ബുദ്ധി മുകളിലുമാണ് അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാലാഴിയിൽ കിടക്കുന്ന മന്ധരമാണ് നമ്മുടെ ബുദ്ധി മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ മനസ്സെന്ന് പറയുന്നത് താഴെയും ഇന്റലിജന്റ് എന്ന് പറയുന്നത് മേലെയുമാണ് മുകളിലുമാണ് അപ്പോ പാലാഴിയാകുന്ന മനസ്സിൽ ഉയർന്നു നിൽക്കേണ്ടത് തന്നെയാണ് ബുദ്ധി ഇനി വാസുകി എന്ന് പറയുന്ന കയറുകൊണ്ട് കെട്ടണം ആരാണ് ഈ വാസുകി അതാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പ്രാണനായിട്ടോ നാമസങ്കീർത്തനമായിട്ടോ അതിലൊക്കെ എല്ലാം അപ്പൊ നമ്മൾ നാമസങ്കീർത്തനമാകുന്ന വാസുകിയെ കൊണ്ട് വാസുകി നമ്മളിൽ വസിക്കേണ്ടവൾ നാമസ്മരണം തന്നെയാണ് നമ്മളിൽ വസിക്കേണ്ടത് അപ്പൊ നാമം കൊണ്ട് ബുദ്ധിപൂർവ്വം മനസ്സിനെ കടയുന്ന സമയത്ത് രണ്ടു കൂട്ടര് വേണം കടയാൻ ആരൊക്കെയാണ് ദേവന്മാരും അസുരന്മാരും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മളിലെ ദൈവീക ഗുണങ്ങളും നന്മകളും നമ്മളിലെ തിന്മകളെയാണ് അസുരന്മാരെന്ന് പറയുന്നത് രണ്ടു കൂട്ടരും ചേർന്ന് അവിടെ ബുദ്ധി താഴ്ന്നുപോയി ഇന്നപടിയാണ് കാരണം പഴയ സംസ്കാരത്തിന് ശക്തിയുള്ളതുകൊണ്ട് പാമ്പിന്റെ വായി ദുർഗന്ധം വന്നപ്പോ അവരെല്ലാം വിട്ടു അതോട് മന്ദിരവും വീണു പഴയ വാസനകളുടെ പഴയ സംസ്കാരം നമ്മളെ വീണ്ടും ഉയരാൻ തടസ്സം സൃഷ്ടിക്കുമ്പോൾ പൂർണമായി ഭഗവാൻ അവതരിച്ച് മന്ദിരത്തിലെത്തും കൂർമ്മെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ദ്രിയങ്ങളെയെല്ലാം ഭഗവൽ നാമം ജപിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ എന്തു നടക്കുമോ പാലാഴി മതനം നടക്കും അങ്ങനെ അതിൽ നിന്ന് പലതും പലതും പുറത്തുവരും അതിൽ നിന്ന് പുറത്തുവരുന്ന അത്ഭുതകരമായൊരു സമ്പത്താണ് ആദ്യം പുറത്തുവരുന്നതാണ് കാളകൂടവഷം എന്താണത്ര കാളകൂടവഷം നാം സാധന ചെയ്യും തോറും അഹന്ത നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മളിൽ എന്തുവരും ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് ബോധം വരുന്തോറും ഞാനെന്ന അഹങ്കാരം നമ്മളിൽ നിന്ന് അകന്നുപോകും നമുക്ക് വിനയം വരുന്നു പറയുകയാണ് സാധന ചെയ്യുന്തോറും നിങ്ങൾ നാമസ്മരണം ചെയ്യുന്നോറും നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കും ഞാൻ ഭഗവാന്റെ ഒരു ദാസനാണ് ദാസനാണ് ദാസനാണ് ഈ ബോധം നമ്മളിലൂടെ അതാണ് കാളകൂടവിഷം പുറത്തുപോയി അത് ശിവൻ കഴിച്ചു എന്ന് പറഞ്ഞു നേരത്തെ ഞാനെന്ന അഹന്ത നമ്മുടെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കിയത് ഇപ്പോഴത് ശിവമയമായി തിരുന്ന് ശിവന്റെ കഴുത്തിൽ ചേർന്നു എന്ന് പറഞ്ഞു അർത്ഥം ശിവൻ പറഞ്ഞാൽ ഭഗവാൻ അർത്ഥം ഭഗവാന്റെ കഴുത്തിൽ ഭൂഷണമാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ വലുതായ ഞാൻ ഇപ്പോ ഭഗവാന്റെ ദാസനായി മാറി നിർത്ഥം ആഭരണമായി മാറി നിർത്ഥം ഭഗവാനായി എന്നേക്കാളും വലുത് മനസ്സിലായില്ലേ ഇപ്രകാരം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പലതും വരും അതിൽ വരുന്ന മറ്റൊന്നാണ് മഹാലക്ഷ്മി എന്ന് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ പത്നി എന്ന് പറഞ്ഞു ഹൃദയത്തിൽ വസിക്കുന്നവൾ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി കിട്ടുന്നവരെയാണ് മഹാലക്ഷ്മിയെ ശാന്തിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതായത് നാമസ്മരണം ചെയ്യും തോറും അഹങ്കാരം പോയി ഭഗവാന്റെ ദാസൻ എന്ന ബോധം വന്ന് നമ്മളിൽ നല്ലവണ്ണം എന്ത് കിട്ടും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നവരെയാണ് അവസാനം നമുക്ക് എന്തും കൈവരിക്കാം അമൃതം കൈവരിക്കാം അമൃതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തളരാത്ത ജീവിതത്തെയാണ് അതം എന്ന് പറഞ്ഞാൽ വീഴുക തളരുക വീഴ്ച അമൃതം എന്ന് പറഞ്ഞാൽ തളരാത്തൊരു ജീവിതം മനസ്സുകൊണ്ട് പതരാത്തൊരു ജീവിതത്തെയാണ് അമൃതജീവിതം എന്ന് പറയും അപ്രകാരം ഒരു ജീവിതം നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഭഗവാൻ ഗീതയിൽ പറയും യോ അമൃതത്വായു അവർക്ക് അമൃതത്വം കിട്ടും ആർക്കാണ് അമൃതത്വം കിട്ടുക ആർക്കാണ് അമൃതത്വം കിട്ടുക ആരാണോ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണുന്നത് അവർക്കെല്ലാം അമൃതത്വം കിട്ടുമെന്ന് പറഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ മനസ്സൊരിക്കലും താഴില്ല എന്ന് പറയുക ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ശാസ്ത്രങ്ങളിലൂടെ ദുഃഖിക്കഴിഞ്ഞാൽ ഈ മഥനം എവിടെ നടക്കേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു അപ്രകാരം പാലാഴി മഥനം ചെയ്ത് ഭഗവാൻ ദേവന്മാർക്ക് എന്ത് നേടിക്കൊടുത്തു ദേവന്മാർക്ക് അമൃതം നേടിക്കൊടുത്തു കുളിക്കേണ്ട ഒരു സാധനമല്ല അമൃതം അമൃതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും താഴ്ത്താത്തൊരു വസ്തു താഴ്ത്താത്ത ശക്തിയുടെ പേരാണ് അമൃതം എന്ന് പറയുന്നത് ഇപ്രകാരം അമൃതത്തിന്റെ കഥ പറഞ്ഞു ഇനി അടുത്ത കഥയാണ് ഇത് ശങ്കരമോഹനം എന്നുള്ള നമ്മൾ മനസ്സിലാക്കി വയ്ക്കും അതെന്താണ് ശങ്കരമോഹനം പരമശിവൻ മഹാദേവിയുടെ ആ ഒരു മായാമോഹ കാണാൻ കുതിച്ചു മോഹിനി എന്ന ശബ്ദത്തിനർത്ഥം മോഹിപ്പിക്കുന്നവൾ നട്ടം ആകർഷിപ്പിക്കുന്നവൾ നർത്തം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകമാണ് അയാളെ ആകർഷിക്കുന്നത് അപ്പൊ അയാളെ മോഹിനി ആരാണ് ഈ ലോകം തന്നെയാണ് വസ്തുക്കളും വ്യക്തികളാണ് അയാളെ ശങ്കരൻ ഓടിയാണ് അയാളുടെ പിന്നാലെ മോഹിനിയുടെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഓരോരുത്തരിലെയും ഈശ്വര തേജസ് ഈശ്വരശക്തി ചൈതന്യം തന്നെ മംഗളമായിരിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളിലുണ്ടായിട്ട് അതിന്റെ മഹിമ നമ്മൾ തിരിച്ചറിയാതെ ഈ ലോകത്തിനാണ് മഹിമയെന്ന് തെറ്റിദ്ധരിച്ച് ലോകത്തിനോട് ആകർഷണമുണ്ടായി നാം നമ്മളിലെ മഹിമ മറന്ന് ലോകത്തിന്റെ പിന്നാലെ ഓടുന്നതാണത്രേ ശങ്കരൻ മോഹിനിയുടെ പിന്നാലെ ഓടുന്നത് ീജം പുറത്തുപോയി അപ്പൊ ബോധം വന്നുവെന്ന് ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോ നമ്മുടെ ശക്തി ചോർന്നു പോകും നമ്മൾ തളരാൻ തുടങ്ങും ദുഃഖങ്ങൾ വരാൻ തുടങ്ങും കാരണം ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനെയും വ്യക്തിയെയും നമുക്ക് പിടിക്കാൻ സാധ്യത പണ്ട് ശ്രീരാമസ്വാമി വാനിന്റെ പിന്നാലെ ഓടിയതുപോലെയാണ് നമ്മുടെ ഓട്ടം ഒരു വസ്തുവിനെയും വ്യക്തി നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പിടിക്കാൻ ഇവിടെ സാധ്യത എന്ന് വെച്ചാൽ എന്താർത്ഥം നമ്മുടെ കൂടെ ഒന്നിനെയും പെർമനന്റായിട്ട് നടത്താൻ സാധ്യത ഒരു ബന്ധങ്ങളും നിൽക്കില്ല ഒരു വസ്തുക്കൾ നിൽക്കില്ല ഉണ്ടോ നാം എത്രയൊക്കെ അതിന്റെ പിന്നാലോടിയാലും മരണമെന്ന് പറയുന്നൊരു സത്യം നമ്മളെ അതിൽ നിന്നെല്ലാം ഒരു ബന്ധവും പിടിക്കാൻ സമ്മതിക്കില്ല ഒരു വസ്തു പിടിക്കാൻ സമ്മതിക്കില്ല നമ്മളെ എക്സോസ്റ്റഡ് ആവും അങ്ങനെ ഓടുന്ന നമുക്ക് ശക്തി ചോരും എന്ന് പറഞ്ഞാൽ ഭയവും വരും ദുഃഖവും വരും എന്ന് ഈ ഭയവും ദുഃഖവും വരുന്നതാണ് ശക്തി ചോരൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഇത് നഷ്ടപ്പെടുമല്ലോ എന്നൊരു ഭയം ഇത് നമ്മളെ പിടികൂടും എന്ന് നമ്മളിത് തിരിച്ചറിയുന്നുവോ പരമാർത്ഥബോധം വരുന്നുവോ അന്ന് മനസ്സിലായി ഇതിന്റെ പിന്നിലല്ല ഓടേണ്ടത് ഓടേണ്ടത് ഉള്ളിൽ തന്നെ നശിക്കാത്തൊരു ശക്തിയുണ്ടെന്നും ആ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചാൽ അതിനാണെങ്കിൽ ജനനവുമില്ല മരണവുമില്ല പ്രകൃതിയുടെ നിയമമനുസരിച്ച് എനർജിയെ നശിപ്പിക്കാൻ സാധ്യമല്ല മാറ്ററിനെ നശിപ്പിക്കാൻ സാധ്യമാ ഇതാണ് ഐൻസ്റ്റീൻ പറയുന്നത് വിതർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോഡ് ഇറ്റ് കാൻ ബി ഡിസ്ട്രോയിഡ് അപ്പൊ ഒരു വസ്തു സൂക്ഷ്മമാകും അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാൽ ഒരു വസ്തു സ്ഥൂലമാകും അതിനെ നശിപ്പിക്കാൻ സാധ്യത പ്രകൃതിയുടെ നിയമമാണ് അപ്പൊ പിന്നെ നമ്മൾ സ്ഥൂല വസ്തുക്കളുടെ പിന്നാലെയാണോ ഓടേണ്ടത് സൂക്ഷ്മ വസ്തുവിന്റെ നേരെയാണ് ഓടേണ്ടത് വിവേകമുള്ളവർക്ക് മനസ്സിലാവും സ്ഥൂല വസ്തുക്കളുടെ പിന്നാലെ ഓടിയാലും അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധ്യമില്ല എന്നാൽ സൂക്ഷ്മമായൊരു സത്യം കൂടെയുണ്ട് അതിനെയാണ് നിങ്ങൾ പിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നാശമില്ലാത്തോടത്തോളം കാലം അത് നഷ്ടപ്പെടാത്തോടത്തോളം കാലം നഷ്ടപ്പെടുമെന്ന ദുഃഖവും വേണ്ട നഷ്ടപ്പെടുമെന്ന ഭയവും വേണ്ട ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ മുക്തമാക്കാൻ അത് മാത്രമേ ഉള്ളു വഴി പക്ഷെ ഇന്ന് നമുക്ക് അതിനെ പിടിക്കാൻ സാധിക്കുന്നില്ല കാരണം നമ്മുടെ മനസ്സ് അത്രമാത്രം സ്ഥൂല വസ്തുക്കളെ പിടിച്ചു പിടിച്ചു പിടിച്ച് ഇന്നതിന് സൂക്ഷ്മതയെ ഗ്രഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ടെന്തു വേണം സൂക്ഷ്മമായ ഇതിനെ ഗ്രഹിക്കാൻ ആദ്യമൊരു സ്ഥൂലമായൊരു രൂപത്തെ വിഗ്രഹത്തെ പിടിച്ചുകൊണ്ട് അവിടെയാണ് ആരാധന രൂപത്തിൽ വരുന്നത് വിഗ്രഹാരാധന വരുന്നത് ശ്രദ്ധിക്കേ വിഗ്രഹത്തെ പിടിക്കേണ്ടത് വിഗ്രഹത്തിലൂടെ നമ്മൾ ആരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സൂക്ഷ്മമായിരിക്കുന്ന സത്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടു വിഗ്രഹത്തിൽ പോലും ഒരു പൂജാരി തന്റെ ചൈതന്യം ആവാഹിച്ചിട്ടാണ് വിഗ്രഹത്തെ പൂജിക്കുന്നത് അല്ലേ അയാൾ വിഗ്രഹത്തിലാണ് പൂക്കളിടുന്നതെങ്കിലും ആരാധിക്കുന്നത് ബഹുമാനിക്കുന്നത് അർച്ചിക്കുന്നത് ആ വിഗ്രഹത്തെ അല്ല അതിലിരിക്കുന്ന ഇതുപോലെ നമ്മൾ വിഗ്രഹത്തെ പിടിച്ചുകൊണ്ട് അതിലിരിക്കുന്ന ചൈതന്യത്തെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അന്ന് നമുക്ക് തിരിച്ചറി തോന്നു പരമാർത്ഥബോധം കൊണ്ട് അന്ന് നമ്മൾ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും ആത്മാർത്ഥമായിട്ടുള്ളത് ഇതാണ് ഇവിടെ ശങ്കരമോഹനെന്നുള്ള കഥ ഇത് ഇത് പറയാൻ തന്നെയാണ് ആളുകൾ ഒരുപക്ഷെ അയ്യപ്പസ്വാമിയുടെ കഥ ഇതിൽ ബന്ധിച്ചത് മോഹിനി ശിവനും കൂടി ചേർന്നിട്ടാണ് അയ്യപ്പൻ ജനിച്ചതെന്ന് പറയുന്നതും ഇത് ഗ്രഹിക്കാനാണ് അതുകൊണ്ടാണല്ലോ അയ്യപ്പസ്വാമി ഏത് മുദ്രയിലിരിക്കുന്നത് ചിന്മുദ്രയിലിരിക്കുന്നത് ഇത് മനസ്സിലാക്കി വെക്കും നിങ്ങൾ ചിന്മുദ്ര അയ്യപ്പസ്വാമി ഇങ്ങനെ ഇരിക്കുന്നതിനർത്ഥം അവിടെ പോകുന്നവരൊക്കെ സ്നപ്പ് പൗഡർ കൊണ്ടുപോകുന്നതാണോ സാധാരണ ഈ സ്റ്റഫ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുദ്ര ഉപയോഗിക്കുക ആണോ മൂക്കിൽ പൊടി കണ്ടില്ലേ അതുവരെ വലിക്കുന്നൊരു സാധനമുണ്ടല്ലോ അതാണോ അയ്യപ്പസ്വാമിക്ക് അവിടെ ആവശ്യം അല്ല പിന്നെ ഇതിനെ അയ്യപ്പസ്വാമി ഇങ്ങനെ കൈവച്ചിരിക്കുന്നത് ഈ മുദ്രയിൽ ഒരർത്ഥമുണ്ടെന്ന് പറയുന്നത് ഈ ചിന്മുദ്രയിൽ ഒരു തത്വമുണ്ട് എന്ന് പറയാണ് പലപ്പോഴും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാറില്ല ആളുകൾ ഇങ്ങനെ സ്വാമിയെ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും ആർക്ക് കിട്ടും ആർക്കറിയാം ഇതിങ്ങനെ പോകുന്നുണ്ട് പറയുന്നുണ്ട് എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഇത് ഗ്രഹിച്ചു പോകുന്നവർ വളരെ വളരെ കുറവാണ് അവരെ സംബന്ധിച്ച് അമ്പലത്തിൽ പോവുക രണ്ടിരി കൊടുക്കുക പൊഴുക എന്നിട്ട് ഏതെങ്കിലും പൂജാരിക്ക് കാശ്ശോടുത്തി കാര്യം നേടിയെടുക്കുക തുളുവില് കാര്യം നടക്കേണ്ട ആൾക്കാരാണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദത്തിന്റെ കൌണ്ടറിൽ പോവുക രണ്ട് പാക്കറ്റ് അപ്പവും മേടിച്ച് ഒരു പായസവും വാങ്ങിച്ച് വീട്ടിലെത്തിയാൽ സ്വാമിയെ കണ്ടു മോഷം കിട്ടി ഇനി പ്രത്യേകിച്ചൊന്നും മോശമില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തിനാണ് മോക്ഷം കിട്ടിയത് ശബരിമലയിൽ അപ്പം കഴിച്ചാൽ ചിലപ്പോൾ മോശം കിട്ടിയെന്ന് വരും എന്തിനാൽ അത്ര ഹാർഡാണത് അല്ലാതെ വേറൊരു മോഷം ഞാൻ കാണുന്നില്ല ചിന്തിക്കും നിങ്ങൾ അപ്പോ എന്തിനാണ് അയ്യപ്പസ്വാമി ഇങ്ങനെ ഉദ്രവിടിച്ചിരിക്കുന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വിരലുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഓരോ തത്വങ്ങളാണ് ചെറിയ വിരൽ ശരീരത്തിന്റെയും രണ്ടാമത്തെ വിരൽ മനസ്സിന്റെയും മൂന്നാമത്തെ വിരൽ ബുദ്ധിയുടെയും നാലാമത്തെ വിരൽ ഞാനെന്ന സംസ്കാരത്തിന്റെയും അഞ്ചാമത്തെ വിരൽ ഈശ്വരന്റെയാണ് ഇതെങ്ങനെയാണ് ഈശ്വരനായിത്തീരാ ഇത് സത്യത്തിന്റെ വിരലാണ് അതുകൊണ്ടാണല്ലോ ഡോക്യുമെന്റിലൊക്കെ ഈ പ്രശ്ന സത്യം നമ്മുടെ പറയില്ലത് നോക്കൂ ഈ പ്രകൃതിയുടെ ഒരു അത്ഭുതം നോക്കൂ നിങ്ങൾ മൊത്തം ഭൂമിയിൽ ആയിരം കോടി ജനങ്ങളുണ്ടാവും ആയിരം കോടി ജനങ്ങളുടെ കൈയുടെ വിരലിലെ വരകളുണ്ടല്ലോ ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പൊ നോക്കൂ ആയിരം കോടി ആളുകളുടെ വിരലിലെ വിര ആ വര ഒരാളിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാക്കാനുള്ള ഒരു ശക്തി എന്തൊരു അത്ഭുതം തന്നെയായിരിക്കുന്നത് ചെറിയൊരു സ്ഥലത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അല്ലേ വളരെ വളരെ അത്ഭുതം തന്നെയാണത് അപ്പൊ ആ ഒരു സത്യത്തിന്റെ മുദ്ര ഈ വിരലുകൊണ്ടായതുകൊണ്ട് ഇതിലെ സത്യത്തിന്റെ വിരൽ ഇതിനി ശക്തിയുടെ നിരലാണ് നിങ്ങളുടെ ഈ തള്ളവിരലിന് വല്ലതും സംഭവിച്ചാൽ ബാക്കിയുള്ള വിരലുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ തള്ളവരലിൽ എവിടെയെങ്കിലും മുറിവ് വന്നാൽ ഒരു പാത്രം പിടിക്കാൻ പറ്റും നിങ്ങക്ക് ഒരു ബക്കറ്റ് പോലെ എടുക്കാൻ പറ്റിയ നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് തോന്നും എന്റെ കൈക്ക് ശക്തി പോരാ നേരെ മറിച്ച് ഒരു വിരലിൽ മുറി പറ്റിയിരിക്കുക തള്ളവരലിന് എന്നാൽ പിന്നെ നിങ്ങൾക്ക് സാധനം എങ്ങനെയെങ്കിലും നിങ്ങൾ പാത്രക്കെടുത്ത് വെക്കും നിങ്ങൾ ശക്തി കൊടുക്കുന്നത് ഏത് വരലിലായിരിക്കും ഈ തമ്പിലായിരിക്കും തള്ളവരലിലായിരിക്കും അപ്പൊ ശക്തിയുടെയും സത്യത്തിന്റെയും പ്രതീകമാണ് ഇത് തള്ളവരൽ അത് തന്നെയാണ് ഈശ്വരൻ ഈശ്വരനിലേക്ക് ചൂണ്ടുവരലിനെ ഇൻഡെക്സ് ഫിംഗർ താഴ്ത്തിക്കൊണ്ട് ഇരിക്കുന്ന നിൽക്കുന്ന മുദ്രയുടെ പേരാണ് ചിന്മന്ത് അപ്പൊ എന്തായിരിക്കും അർത്ഥം ഇങ്ങനെ വിരൽ വെച്ചാൽ എന്താ അർത്ഥം അഹന്തയും ബാക്കിയുള്ള വിരലുകളൊക്കെ ഏത് ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു തന്നെ വരലിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോ ഇങ്ങനെ വിരലുവെച്ചാൽ എന്തായിരിക്കും അർത്ഥം ഈശ്വരനാകുന്ന ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് ബാക്കിയുള്ള നമ്മുടെ വ്യക്തിത്വം മുഴുവൻ പ്രവർത്തിക്കുന്നതെന്ന് ബോധത്തിൽ ജീവിക്കണം എന്ന് പറയുന്നത് വിനയം വരണമെന്ന് പറയണം ഈശ്വരന്റെ ദാസലെന്ന ബോധം വരണമെന്ന് പറയാം ഞാൻ ല്ല കേമൻ എന്നെ കേമനാക്കുന്നത് എന്നെ മഹാനാക്കുന്നത് എന്നെ ശ്രേഷ്ഠനാക്കുന്നത് ശക്തനാക്കുന്നത് ഉള്ളിലിരിക്കുന്ന ഒരു ഈശ്വരനാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് എന്തുവരണം വളയണം വിരലി വളഞ്ഞു വരണം വളയെന്ന് പറഞ്ഞാൽ കുലിയണം കുലിയെന്ന് പറഞ്ഞാൽ താഴണം താഴണം എന്ന് പറഞ്ഞാൽ വിനയം വരണം എന്ന് ദാസഭാവം വരണം എന്ന് നമ്മൾ ഭഗവാന്റെ ദാസനാണെന്നും എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണെന്നും എന്റെ ശക്തി മുഴുവൻ ഭഗവാനാണെന്നും ബോധത്തിൽ ഇരിക്കുന്നതിനെയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് ബോധം വരണം എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണ് ഞാൻ ആ ഭഗവാന്റെ ദാസന എന്റെ എല്ലാ പ്രശ്നങ്ങളും ആരേറ്റെടുക്കും ഭഗവാൻ നോക്കുന്നുണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും അറിയിച്ചു ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെപ്പോലെ നമ്മൾ ഭഗവാന്റെ മടിയിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് നമ്മളെ കാണാൻ സാധിക്കണം ഇതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് ഇപ്രകാരമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്രയും ഉയർത്താൻ നമുക്ക് സാധിക്കും ഇവിടെ ഒരു കാര്യത്തിലും നമ്മൾ തളരേണ്ട പതരേണ്ട ദുഃഖിക്കേണ്ട ആവശ്യമില്ല തളർത്തുന്നതും മനസ്സാണ് ഉയർത്തേണ്ടതും മനസ്സാണ് നല്ല ചിന്തകൾ ഉയർത്തും വേണ്ടാത്ത ചിന്തകൾ തളർത്തും അല്ലാതെ ആളുകളും വ്യക്തികളും നല്ല നമ്മളെ തളർത്തുന്നത് ഓൾ അവർ മൈൻഡ് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഭഗവാൻ വാമനമൂർത്തിയെ അവതരിച്ച് മഹാബലിയിൽ നിന്നും മൂന്നടി വണ്ണു ചോദിച്ച് മഹാബലിയുടെ സർവസ്വം സ്വീകരിച്ച് മഹാബലി അനുഗ്രഹിക്കുന്ന കഥയാണ് വാമനാവതാരം ഭഗവാന്റെ വാമനാവതാരത്തെ പലരും ൃഷ്ടിയിലൂടെയാണ് കാണുന്നത് നല്ലൊരു മഹാരാജാവായിരുന്നു അത്രേ അസുരചക്രവർത്തിയായ മഹാബലി അങ്ങനെ മഹാബലി നന്മ നിറഞ്ഞൊരു ഭരണം കാഴ്ചവെക്കുന്നത് ദേവന്മാർക്ക് അസൂയ വന്നു എന്നും ആ അസൂയാലുക്കളായിരിക്കുന്ന ദേവന്മാരുടെ സമ്പത്തല്ല മഹാബലി കൈവശം വെച്ചപ്പോ ദേവന്മാരെ സഹായിക്കാനായി ഭഗവാൻ എടുത്ത അവതാരമാണ് വാമനാവതാരമെന്നും കേരളത്തിൽ അങ്ങനെയൊരു ധാരണ ചിലരുടെ ഇടയിലുണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി ദേവന്മാരെ സഹായിക്കാൻ ഭഗവാൻ എടുത്ത രൂപമായിട്ട് പലരും ഏതിനെ കാണുന്നു ഇത് വാസ്തവത്തിൽ തെറ്റായിട്ടുള്ളൊരു ചിന്തനമാണ് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി തെറ്റാണ് നിങ്ങൾ ഭാഗവതത്തിലെ കഥയും അതുപോലെ തന്നെ നാരായണീയത്തിൽ പട്ടതിരിപ്പാട് ഇതിനെക്കുറിച്ച് പറയുന്നതും ശ്രദ്ധാപൂർവം നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഭഗവാൻ വാമനാവതാരമെടുത്തത് എന്ന് നമുക്ക് കാണാം വിക്രാൻകിം ചക്രമു സംയതി ചക്രേണഹ് അബി അപ്പൊ നേരത്തെ ദേവാസുര യുദ്ധം നടന്നപ്പോ ആ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനാൽ മഹാബലി കൊല്ലപ്പെട്ടു എന്നാൽ ശുക്രേണ ജീവിത തനു ശുക്രാചാര്യന് വിദ്യ ഉപയോഗിച്ച് മരിച്ചുപോയ ബലിയെ വീണ്ടും പുനർജ്ജീവിപ്പിച്ചു എന്നിട്ടോ അദ്ദേഹത്തിന്റെ ചക്രവർത്തിയെ അവരോധിച്ച് മഹാത്മാബലി മഹാത്മാവായി ബലി വളരെ സാത്വികമായൊരു ജീവിതം അസുരനാണെങ്കിലും അസുര സംസ്കാരമില്ലാത്തൊരു ജീവിതം എന്ന് മാത്രമല്ല പ്രജകളെയൊക്കെ ക്ഷേമം ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ട് അത്രയും ഭരണം നമ്മൾ കമ്മ്യൂണിസം എന്നൊക്കെ പറയില്ലേ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തിയായിരുന്നു ആര് മഹാബലി ഇന്ന് കമ്മ്യൂണിസം പറയാനേ പറ്റുള്ളൂ മാവേലി നാടുവാണിടും കാലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെതൊക്കെ കേരളത്തിൽ പാടുന്നുണ്ടല്ലോ അതൊക്കെ ഇന്ന് പറയാനേ നോക്കെ അന്ന് മഹാബലി അത് സാധ്യമാക്കി തീർത്താളാണ് അങ്ങനെയുള്ള മഹാബലി കൃതുവർദ്ധിതോഷ്മ അനവധി യാഗങ്ങൾ ചെയ്ത് തന്റെ മഹിമ വർദ്ധിപ്പിച്ചു എന്തിനേറെ അദ്ദേഹം ത്രിലോകം തന്നെ തന്റെ കീഴിൽ കൊണ്ടുവന്നു ദേവന്മാരെയൊക്കെ മാറ്റിക്കൊണ്ട് അവരിൽ നിന്ന് തന്റെ തേജസ്സുകൊണ്ട് ത്രിലോകത്തെ കൈവശപ്പെടുത്തി എന്തിനേറെ ചക്രമുഭാമുഖാത പീത ഭഗവാനെപ്പോലും അദ്ദേഹത്തിന് ഭയം വന്നില്ലാന്നാണ് പറയുന്നത് എന്നിട്ടോ പുരാർത്തിശനവശാതി ദുരിഷ തം കാശ്യം നിജപധി ശരണ പ്രപന്നൂധനം തുതിദം ഹി പയോദാഖ്യാദാഹമക്തിപൂർണ അങ്ങനെ മഹാബലി സ്വർഗം വരെ തന്റെ കീഴിലാക്കിയപ്പോ അതിഥി ദേവിയോട് ഇന്ദ്രൻ ചെന്നു പറഞ്ഞു അമ്മയെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പം മഹാബലിയുടെ കയ്യിലാണ് ഞങ്ങൾ അനാഥന്മാരായിട്ടിങ്ങനെ അലഞ്ഞുകൊണ്ട് നടക്കുകയാണ് വഴിയിലാണ് അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ തന്റെ പുത്രന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗസമ്പത്തിനെ തിരിച്ചു പുത്രന്മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയായ അതിഥി ഭർത്താവായ കശ്യപനെ ചെന്ന് കണ്ടു പറഞ്ഞു എന്റെ കുട്ടികൾ കണ്ടില്ലേ ഗതിയില്ലാത്തവരായി നടക്കണോ എന്റെ കുട്ടികൾക്ക് സ്വർഗ്ഗം തിരിച്ചു കിട്ടണം അതിനെനിക്കൊരു പുത്രനെ തന്നനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാബലി സർവശ്രേഷ്ഠനാണെന്നും അങ്ങനെയുള്ളൊരു പുത്രനെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണെന്നും എന്താ ദേവി ഇന്ദ്രന്റെ കൊള്ളരുതായ്മ കൊണ്ടല്ലേ രാജ്യം നഷ്ടപ്പെട്ടത് മഹാബലി എത്ര സർവശ്രേഷ്ഠനാണ് എന്നെല്ലാം കശ്യപൻ മഹാബലിയുടെ മഹിമയൊക്കെ പറഞ്ഞുവെങ്കിലും അതിഥിദേവി പുത്രകാമിയായിട്ട് ഭർത്താവിനെ തന്നെ അഭയം പ്രാപിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യൂ നീ ഒരു വ്രതം നോൽക്കൂ എന്ന് പറഞ്ഞു ഏതാ വ്രതം पयो व्रतां। पयो व्रतां द्वादसा ം ശരണം പ്രതിയോ ആ വ്രതത്തിന്റെ പേരായിരുന്നു പയോവ്രതം പയോവ്രതം പന്ത്രണ്ട് ദിവസം വെള്ളമോ പാലോ മാത്രം കുടിച്ചുകൊണ്ട് ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഭക്തിയോടുകൂടി ദ്വാദാഹം ദ്വാദം പന്ത്രണ്ട് ദിവസം ദേവി ആ അനുഷ്ഠിച്ചു എന്നിട്ടോ ശർജവ ഭൂഷയമാവിരാസീ भवत्तनयो ഭവേയം ഗോപ്യം മതി ചനമിതി പ്രലവെന്നയാസീ വ്രതം അവസാനിക്കുന്ന സമയത്ത് വ്രതാവധു ഭഗവാൻ എന്തീതു ശ്യാമാതുർ സ്വയമാവിരാ ശങ്കചക്ര കഥാരൂപത്തോടുകൂടി ആ അതിഥിദേവിയുടെ മുന്നിൽ പ്രകടമായി പറഞ്ഞു നമ്രാം നമിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയോട് പറഞ്ഞു അവിടെ നിന്ന് എനിക്ക് അഹം ഞാൻ ദേവിയുടെ പുത്രനാവാം ഈ കാര്യം ഗോപിമിതി ആരോടും പറയരുത് എന്ന് ഭഗവാൻ പറഞ്ഞു എന്താ ആരോടും പറയണ്ടെന്ന് പറയണത് കാരണം ഇങ്ങനെ പാട്ടുപാടി നടക്കണ്ടാന്ന് പറയാൻ കാരണം ഭഗവാനാണ് വരുന്നത് മഹാബലിയോ മറ്റോ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാനാണെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഈ തരത്തിലാവില്ല മഹാബലിയെ അനുഗ്രഹിക്കാൻ പിന്നെ ആർക്ക് സാധ്യമാവില്ല ഭഗവാൻ സാധ്യമില്ല ഭഗവാനാണ് വരുന്നതെന്ന് കണ്ടുകഴിഞ്ഞാൽ തന്നെ മഹാബലിയുടെ സ്വഭാവമാണ് ഭഗവാന് മഹാബലിയുടെ മഹിമ ലോകത്തിൽ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനാണ് വരുന്നതെന്ന് ആരും അറിയാൻ പാടില്ല എന്നിട്ടോ അങ്ങനെ രഹസ്യമായി ദേവി കൊച്ചു കാര്യങ്ങള് ദേവി ഗർഭിണിയായി ആ ഗർഭത്തിലൂടെ ഭഗവാൻ പ്രകടമാവുന്ന കഥയാണ് അടുത്തത് പറയുന്നത് സ്വാദ്വാദശീ ശ്രവണ പുണ്യേ ഭവന്തം ഗോവിന്ദന സങ്കീർത്തനം നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ീർത്തനം തം കാശ്യപേ തപസ്സന്നിധ അതിഥേ ഗർഭം പ്രാപ്ത കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ ബീജത്തിലൂടെ ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ദേവി പ്രസവിക്കുന്നു എപ്പോഴാണ് പ്രസവിക്കുന്നത് ി ശ്രവണ പുണ്യത്തിനെ പ്രകടവൈഷ്ണവ ദിവ്യ രൂപം ചിങ്ങമാസത്തിലെ ദ്വാദശിയും തിരുവോണവും ചേർന്ന് വരുന്ന നാളിൽ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ഭഗവാൻ ദേവിയുടെ ഗർഭത്തിൽ നിന്നും പ്രകടമായതാണ് അങ്ങനെ വൈഷ്ണവ തേജസ്സോടുകൂടിയിട്ട് ഒരു കുഞ്ഞിന്റെ ഒരു രൂപമെടുക്കുകയാണെങ്കിൽ അതാണ് ഭഗവാന്റെ അർവാമരൂപം പുണ്യാശ്രമം തമ വിവർഷ പുഷ്പവർഷ ഹർഷഗുണീ സുരഗണീ കൃതുര്യകോഷ ബദ്ധാഞ്ജലിം ജയ ജയ പ്രതിവ്യം തണേ പടുതമ പുഷ്പവർഷ ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തി ഭഗവാന്റെ ആവിർഭാവത്തിലെ പ്രകടമായപ്പോ ഭഗവാൻ അവതരിച്ച സമയത്ത് ആ സമയത്തോ ഭഗവാനാണെങ്കിലോ അച്ഛന്റെയും അമ്മയുടെയും ആ കീർത്തികൾ കേട്ടുകൊണ്ട് അച്ഛനും അമ്മയും പറയാണ് ജയ ജയ എന്നെല്ലാം പറഞ്ഞ് അവർ ഭഗവാനെ തൊഴുത സമയത്ത് അൽപ്പനെ പടുതമം പെട്ടെന്ന് ഭഗവാൻ ഒരു വാമന രൂപത്തെ ഒരു വടുവിന്റെ രൂപത്തെ എഴുത്തുവെന്നാണ് ബ്രഹ്മചാരിയുടെ രൂപത്തെ ചെറിയൊരു കുട്ടിയുടെ രൂപം എന്നിരോ താവൽ പ്രജാപതി മുഖൈരുമനീയമൗജദണ്ഡാദി വലയാദിവിരസ്യമാന പ്രേദിപ്പമാന വപുരീഷ്ട്കാര്യ ത്ാസ്തി പരിഹൃം പ്രഗതാശ്യമേധം അപ്പോഴേക്കും മഹർഷിമാരും മറ്റും ദേവന്മാരും ദേവിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നു പലരും ഭഗവാനെ ഉപചാരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി അച്ഛനായിരിക്കുന്ന കശ്യപൻ ഉടനെ തന്നെ അരനാളം കെട്ടിച്ചു ബൃഹസ്പതി ഭഗവാൻ വന്നിട്ട് ഗുരുക്കൻഡ് ദേവഗുരു വന്നിട്ട് ഉപനയനം കഴിച്ചു സൂര്യദേവൻ വന്ന് ഗായത്രി മന്ത്രം ജപിച്ചു അമ്മ കൌതീരം ധരിപ്പിച്ചു പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ മേഖല ദണ്ഡം കൃഷ്ണാജിനം അക്ഷമാണ തുടങ്ങിയിട്ടുള്ള എല്ലാം കൊണ്ടും സൽക്കരിക്കപ്പെട്ട ഭഗവാൻ അവിടുന്ന് ആദ്യം തന്നെ ഹോമം ചെയ്തുകൊണ്ട് ബ്രഹ്മചാരിയാണല്ലോ അഗ്നികാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടുന്ന് മഹാബലിയുടെ ബലിഗൃഹം പ്രസ്ഥിത എങ്ങോട്ട് പോയി മഹാബലി യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക് അന്ന് മഹാബലി ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മദാനദീ തടത്തിൽ അവിടേക്ക് കടന്നുപോയി അവിടെ ചെന്നപ്പോഴോ രാത്രേണാവിമഹിമോ ഗൗരവം പ്രാൽ വ്യാവൃണദേവതരണി ചക്രം പരോക്ഷ്മരണാർത്ഥമിവാ ദാനോ ദിവ സംവി മഹിമ വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന ലീല മഹാബലിയുടെ സർവസമ്പത്തും അപഹരിക്കുമ്പോ ആ മഹാബലിയുടെ സർവസമ്പത്തം തന്റെ കാലിന്റെ ചുവട്ടിൽ ഒതുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അനുഭവത്തെ ഭഗവാൻ ചിന്തിച്ചപ്പോ ധാത്രേണ ധരണീൻ തലയൻ ഭൂമിയൊന്ന് വിറച്ചു എന്നാണ് പറയുന്നത് സാധനം നടക്കുമ്പോൾ ഭൂമി വിറയ്ക്കുക കാരണം ഭഗവാന്റെ ഉള്ളിൽ ഭഗവാൻ ത്രിലോകം വരെ അളർന്നെടുക്കണേ ഉള്ളുകൊണ്ട് എന്നിട്ടോ ചത്തം ദാനവജനേഷുസന്നിധാതം നിവ ദാനവന്മാരിൽ നിന്നും വരുന്ന ഒരു ഉഷ്മളമായ ആ വിഷം അവർക്ക് വിഷമം വരുമല്ലോ സർവസമ്പത്തും അപകരിക്കുമ്പോ അതിനെ തടയാനെന്ന വണ്ണം ഭഗവാൻ കൊടപിടിക്കുന്നത് മറ്റൊരു പാടുകാരാണ് അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് യാത്ര എന്നിട്ടു താം നർമ്മദോത്തരതേ ഹയമേതശാലുമാരോ യോഗീരുഗോയമിരി ശക്രമുഖേ ശുക്രമുഖേ ശശങ്കേ നർമ്മദാ നദിയുടെ വടക്കേക്കരയിലേക്ക് അവിടെയാണ് ഹയമേധശാല മഹാബലി യാഗം ചെയ്യുന്ന സ്ഥലം അവിടേക്ക് ഭഗവാൻ കടക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒറ്റ ഭഗവാനെ ആരായി വരുന്നത് എന്നുള്ളത് തേജസ് സാർ കുട്ടിയുടെ രൂപം വരുന്നു അപ്പോ ശുക്രാചാര്യർ പറയാണ് ഏഷാസോൻ ഇത് സൂര്യനെത്തിയാണോ വരുന്നത് ഓ ഒരു പക്ഷേ ആവില്ല ദഹനോ അഗ്നി ഭഗവാനായിരിക്കും രൂപമെടുത്ത് വരുന്നത് ചെലന് പറഞ്ഞു അല്ലല്ല സനൽകുമാര ആരായിരിക്കണം അനുകുമാരാദിമാഷിമാരായിരുന്നു എന്നിങ്ങനെ ഓരോരുത്തരും ശശങ്കേ ഭഗവാനെ ശങ്കിച്ചു എന്ന് ആരാമറിയില്ലേക്ക് എന്നിട്ടോ ആനീതമാശഭൃഗാധിഭൂതിമ്യൂപമസുരപ്പുളകാതംഗ ഭക്യാസമീത്യസുഗതി പരിണജ്യമോർത്തീപ്തം അങ്ങോട്ട് കടന്നുവന്ന ആ ഭഗവാനെ ആരാണെന്ന് അറിയില്ല എന്തായാലും ഒരു മഹർഷി വര്യനാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആ തേജസ്വാർന്ന രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഇരുത്തിക്കൊണ്ട് മഹസ അഭിഭൂത പ്രഗുദിയാശുവാനീതം പ്രഗു തുടങ്ങിയിട്ടുള്ള മനുർഷിമാരെ കൂട്ടിക്കൊണ്ടുവന്നിരുത്തി ആ സുഹൃതിയായിരിക്കുന്ന അസുരൻ ഇന്ത്യയിലത്രേ ൃതനായി അദ്ദേഹം ഭഗവാന്റെ പാദത്തിൽ തീർത്ഥമൊഴിച്ചുകൊണ്ട് ആ കാലുകൾ കഴുകിക്കൊണ്ട് മൂർധാവിലും കുടിക്കുകയും ചെയ്തു അങ്ങനെ വാമനമൂർത്തിയുടെ പാദം കഴുകി ആ തീർത്ഥം കുടിക്കാൻ ഭാഗ്യമുണ്ടായ ആളാണ് അവര് ഭഗവാൻ വാമനമൂർത്തിയുടെ പാദതീർത്ഥം കഴുകിയ വെള്ളമാണ് നമ്മൾ ജന്തുക്കളാവരുത് കഥകളും കേട്ടിട്ടില്ലേ നിങ്ങള് ഈ ഗംഗ എന്ന് പറയുന്ന നദി ഇങ്ങനെയാ വന്നിരിക്കുന്നത് കേട്ടിട്ടില്ല ഭഗവാൻ വാമനമൂർത്തി മൂന്നടി അളക്കുന്ന സമയത്ത് കാല് ചെന്ന് ബ്രഹ്മാവിന്റെ പുറകിൽ ചെന്ന് മുട്ടീന്നാണ് അപ്പൊ ബ്രഹ്മാവ് നോക്കുമ്പോണ്ട് പെരുവിരൽ കാണൂ ഗാലുടെയാണെന്ന് മനസ്സിലായില്ല ആദ്യം പിന്നെ മനസ്സിലായി സാക്ഷാൽ ഭഗവാന്റെയാണെന്ന് മനസ്സിലാക്കൂ അന്റെ കുണ്ടലത്തിൽ നിന്നും വെള്ളമെടുത്ത് ആ പാദത്തിൽ കഴുകിയ വെള്ളമാണ് പിൽക്കാലത്ത് ആകാശഗംഗയത് അതാണ് പിൽക്കാലത്ത് ഭഗീരഥൻ ഭഗീരഥ പ്രയത്നം ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവന്നത് അപ്പൊ ഭഗവാന്റെ ഭാവനമൂർത്തിയുടെ പാദം കഴുകിയ വെള്ളം അത് ഗംഗയെ ഇന്ന് ആളുകള് ആ ഗംഗയിൽ കുളിച്ചിട്ടാണ് പവിത്രത നേടുന്നത് എന്നാൽ ആ ഭഗവാന്റെ പാദത്തെ നേരിട്ട് കഴുകാൻ പാദത്തെ ഇതൊരു പാദം മാത്രം കഴുകിയ വെള്ളമാണ് മഹാബലിക്ക് രണ്ടു പാദം കഴുകാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെയുള്ള പാദം കഴുകി ആ തീർത്ഥത്തെ മൂർധാവിലും കുടിക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് ആര് മഹാബലി അപ്പൊ എത്ര വലിയ ശ്രേഷ്ഠനായിരിക്കണം എന്ന് നോക്കൂ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം മഹാബലിക്ക് കിട്ടിയിട്ടുണ്ട് പറയുന്നത് ഇതെല്ലാം കഥയിലേക്ക് പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നോക്കാം എന്നിട്ടോ അപ്രകാരം മൂർധനിത്തം എന്നിട്ടോ പ്രഹ്ലാദവംശദയാ ിലേ യംബുകേശ്ശി ബി സപ്തം വിമോ ഗുരുപുരാ എന്തുകൊണ്ടാണ് മഹാബലിക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടിയത് പ്രഹ്ലാദവംശതയാ അരുടെ വംശത്തിലാണ് ജനിക്കുന്നത് പ്രഹ്ലാദന്റെ നരസിംഹമൂർത്തി രണ്ട് കൈകൾ ചിരസിൽ വെച്ച് അനുഗ്രഹിച്ച ആ ഒരു വംശമാണ് പ്രഹ്ലാദന്റെ വംശം ഭഗവാനെ പ്രത്യക്ഷമായി കണ്ട് തന്റെ ഹൃദയത്തിലും പ്രത്യക്ഷമായി കണ്ട മഹാനാണ് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദന്റെ പുത്രന്റെ പുത്രൻ വിരോചനെന്നാണ് പുത്രൻ ആ വിരോചനന്റെ പുത്രനാണ് മഹാബലി ഇപ്രകാരം ആ മഹാ സംസ്കാരത്തിൽ ജനിച്ചതുകൊണ്ടും വിദേശ വിശ്വാസത ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാത്മാക്കള് ദുജന്മാര് ബ്രാഹ്മണനുമായിട്ടുള്ള സംസർഗം കൊണ്ടും ഞാൻ പതാമ്പുകരോ ഏതൊരു തീർത്ഥമാണോ പരമശിവൻ തന്റെ ജടയിൽ ധരിച്ചിരിക്കുന്നത് ഗംഗാദേവി എവിടെയിരിക്കുന്നു എന്നാണ് പരമശിവന്റെ ജഡയിലിരിക്കുന്നു പരമശിവൻ ധരിച്ചിരിക്കുന്ന ഗംഗാദേവിയെ ആദ്യം മൂർത്താവിൽ ധരിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാബലിക്കയാണ് ഒരു പക്ഷേ അവന്റെ പൂർവീകർ ചെയ്ത സുഹൃതമായിരിക്കാം ആ സുഹൃതത്തിൽ അവനും പങ്കാളി ചെയ്തുകൊണ്ടും അവനത് തുടർന്ന് നടത്തിയതുകൊണ്ടും ഭഗവാൻ അതിനൊരു ഭാഗ്യം കൊടുത്തു എന്നാണ് ഇങ്ങനെയൊരു ഭാഗ്യം മഹാബലിക്ക് കിട്ടിയതിനെ ഇതാ ഭട്ടതിരിപ്പാട് അനുഗ്രഹപൂർവ്വം കാണാണ് ഗുരുവായൂരപ്പ അതുപോലെ അവിടുത്തെ തീർത്ഥവും ഭട്ടതിരിപ്പാട് ദിവസം ഗുരുവായൂരിൽ നിന്ന് പാദം കഴുകുന്ന വെള്ളം ദിവസം തലയിൽ ധരിക്കുന്നതായിരിക്കണം വർധാവിൽ ധരിക്കുന്നുണ്ടായിരിക്കണം അപ്പൊ പറയാണ് മഹാബലിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ ഗുരുവായപ്പ അതവിടുത്തെ സുഹൃതം തന്നെയാണെന്ന് പറയാണ് ഇപ്രകാരം ഭഗവാനെ ഗുരുപാളയ പാലയനെ അനുഗ്രഹിച്ചാലെന്ന് പറയുന്നു ഇനി വീണ്ടും ആ കഥ തുടരുന്നുമാരാധ്യതയം അഞ്ജലിന്റെ സമവിലിഷിതം വിപ്രസൂനോവതത്വം ചിത്രം ഭവനമവരീ ആ പ്രേ മഹാബലി ഭഗവാനെ പൂജിച്ചു കാലുകളൊക്കെ കഴുകി തീർത്ഥം ധരിച്ചു സ്വതിച്ചു സന്തോഷിപ്പിച്ചു അതിനുശേഷം ഭഗവാനോട് ചു കുട്ടി ആരാന്ന് വെച്ചു അതൊന്നും ഇവിടെ പട്ടത്തിരിപ്പാണ് സ്പഷ്ടമായിട്ട് പറയുന്നില്ല അപ്പോ അച്ഛനാരാണ് എന്നെല്ലാം ചോദിച്ച പറഞ്ഞു പേര് വാമന എന്നാണ് പറഞ്ഞു വാമനെന്ന് പറഞ്ഞാൽ ഉയരമില്ലാത്തവന് പറയും അതെന്താ അങ്ങനെ പേരിട്ടിരിക്കുന്നത് രൂപം എങ്ങനെയതുകൊണ്ട് അച്ഛനാരാന്ന് വെച്ചു അച്ഛനും ഇല്ല അമ്മയില്ലേ നല്ല നോണു ഭയങ്കര നുണ പറഞ്ഞു അച്ഛനും ഇല്ല അമ്മയില്ല ആരാന്നറിയില്ല ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നത് അങ്ങ് വലിയൊരു മഹാനാണെന്ന് കേട്ടു അപ്പൊ അങ്ങയുടെ മഹിമ ഒന്ന് കാണണം അങ്ങനെ കാണണം നേരിട്ട് കാണാൻ വന്നതാണ് അപ്പോ ഇനി ഞാൻ ഇറങ്ങിക്കോട്ടെ അയ്യോ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ചക്രവർത്തി ഭൂലോക ചക്രവർത്തിയിരിക്കുന്ന എന്നെ കണ്ട് വെറും കയ്യോടുകൂടി ഇറങ്ങരുത് എന്നിൽ നിന്ന് വല്ലതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാൻ പാടുള്ളൂ പറയാണ് പ്രീത്യാ സർവതാത്വം ആരാധയൻ അഞ്ജലി കൈകോപ്പിക്കൊണ്ട് പറയാണ് സമപിനിഷതം കും കുട്ടി എന്താണ് കുട്ടിക്ക് ഇനി വേണ്ടത് ചോദിക്കൂ വിത്തം പണം വേണോ ആരെങ്കിലും ചോദിക്കൂ കാലത്ത് അങ്ങോട്ട് ചോദിക്കൂ ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് കൊടുക്കില്ല ഇവിടെ അങ്ങോട്ട് മഹാബലി ഓഫർ ചെയ്യാണ് വിത്തം പണം വേണോ ഇനി അതല്ല ഭക്തം വേറെന്താ വേണ്ടത് ഭവനം വേണോ അന്നം വേണോ ഭക്ത അന്നം ഭവനം അവനീം സർവം പ്രദാസി എന്താ വേണ്ടുവെച്ചാൽ ചോദിച്ചോളൂ ഓപ്പൺ ചെക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ഭഗവാൻ ഭഗവാനോട് ആര് പറയണു മഹാബലി നോക്കണേ ഭഗവാനോട് അങ്ങോട്ട് ഓഫർ ആളാണ് മഹാബലി സാധാരണ ഭക്തന്മാർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങടാ ചോദിക്കുന്നത് തിങ്കളുതാ കൃഷ്ണ അങ്ങടുന്ന ഭഗവാനീന്ന് ഇവിടെ മഹാബലി അങ്ങടാ ചോദിക്കുന്നത് എന്താ വേണ്ടത് അങ്ങേക്ക് ആലോചിച്ചോക്ക് എത്ര കേമത്തണ്ടാണെന്ന് നിങ്ങൾ ഗുരുവായൂരിൽ പോണു എന്നിട്ട് ഗുരുവായൂരപ്പനെ നോക്കിയിട്ട് പറയാം ഗുരുവായൂരപ്പൻ എന്താ വേണ്ടത് ചോദിച്ചോളൂ കേട്ടോന്ന് അപ്പോ അതിനൊരു ഒരു പ്രത്യേകത വേറുണ്ട് ഗുരുവായൂരപ്പൻ അകത്ത് കയറി അകത്ത് വന്നിട്ട് നമ്മളോട് എന്താ വേണ്ടത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഭഗവാൻ അറിയാൻ നമ്മൾ വരുന്നതേ ലിസ്റ്റ് ആണ വരുന്നത് എന്നുള്ളത് ഓരോരോ കാര്യങ്ങൾ അപ്പൊ ഏതായാലും അങ്ങോട്ട് ചോദിക്കുകയാണ് എന്ത് വേണമെങ്കിലും ചോദിക്കൂ ഭഗവാനേത് ഇങ്ങനെ രണ്ടു കുട്ടിയേ ഉള്ളു ഭഗവാനെ തോൽപ്പിച്ചവര് എന്നാണ് ഒന്ന് മഹാബലി അങ്ങോട്ട് എന്താ വേണ്ടത് എന്നുള്ളത് രണ്ടാമത് അങ്ങോട്ട് കൊടുത്ത ആളാണ് ആര് ഭഗവാൻ വേണ്ടി കാഴ്ച കൊണ്ടുപോയ ആളാണ് കുജേല ബ്രാഹ്മൺ എന്ന് നമ്മളൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോണത് അങ്ങോട്ട് കൊടുത്ത ആളുകൾ ഭഗവാനെ തന്നെ തോൽപ്പിച്ച ആളുകൾ എന്ന് എന്നിട്ടോ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു നോക്കണേ ഇവൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നൊക്കെയാണ് പറയണതേ ഇതിപ്പോ ഇവന്റെ വിചാരം ഈ കൊടുക്കുന്നതൊക്കെ അവന്റെ സാധന എന്നുള്ള നൽകിയല്ലേ കൊടുക്കണത് ഏതായാലും ഇവനൊന്ന് പരീക്ഷിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു എന്ത് ചെയ്തു ആ വക്ഷീണ ബലിഗിരമുപാകണ കാരുണ്യപൂർണോ അസ്യോത്സേകം ശമൈതുമന ശമൈതുമൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയപരിമിതം പ്രാർത്ഥയാമാസി തത്വം സർവേരി നിഗതിഥേ അസ്യാസ്യം എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം നാ എല്ലാം കണ്ട് തന്നോളൂ എന്ന് പറയാം അല്ലേ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞാല് ഒരു കാര്യം ചെയ്തോളൂ എല്ലാം കണ്ട് നന്നോളൂ ഭഗവാൻ എന്നെ തോന്നിയത്രേ എല്ലാം ഇങ്ങട്ട് തന്നോളൂ പറയേണ്ടത് മോശമല്ലേ കസ്യഹാസ്യം അത് ഹാസ്യം ഒരു അത് ശരിയല്ല അതുകൊണ്ട് സർവം ദേഹി ആവശ്യമില്ല പിന്നെ എന്ത് പറഞ്ഞാൽ എനിക്ക് എത്രയും വേണ്ടോ എന്റെ കാലുകൊണ്ടളക്കാൻ പറ്റുന്ന മൂന്നടി വണ്ണ് തന്നാൽ അതും പറയുന്നതിന് മുമ്പ് ഒന്ന് പുകഴ്ത്തി എന്നാണ് പറയുന്നത് ദൈത്യവംശം പ്രശംസൻ ഓ നിന്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ അത്ര കേമനായിരുന്നു അച്ഛൻ വിരോധനൻ ഓ കേവന്റെ കേവൻ നീയാണെങ്കിലോ ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന പാർട്ടി അതുകൊണ്ട് മഹാബലി അതിയൊന്നും എനിക്ക് വേണ്ട എനിക്ക് മൂന്നടി മണ്ണ് അതിനും കാരണമുണ്ട് ഒരു ഭാഗത്തിരുന്ന് ജപിക്കാനൊരു സ്ഥലം വേണം മൂന്നടി കൊണ്ട് ഇവിടെ ജപിക്കാൻ പറ്റിയ നിൽക്കാൻ തന്നെ പറ്റില്ല അത്രയുള്ള ഇത് കേട്ടിട്ട് ആ മഹാബലി ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം കഷ്ടോ ആരോടാ ഈ മൂന്നടി ചോദിക്കുന്നത് വലിയൊരു കോടീശ്വരനെടുത്ത് ചെന്നിട്ട് ഒരു കുമ്പളക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അവർക്ക് എത്ര ഇൻസൾട്ടാണത് വലിയൊരു മഹാ എത്രയോ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരാള് അതിലൂടെ പറയാണ് എന്റെ അമ്പത് പൈസ തരുമെന്ന് അവർക്കൊരു ഇൻസൾട്ട് അല്ലേ ഇതുപോലെയാണ് ലോകം മുഴുവൻ കയ്യിൽ വെച്ചിരിക്കുന്ന ചക്രവർത്തിയോട് കേവലം മൂതടി യാചിച്ചത് ആർക്കിഷ്ടപ്പെട്ടില്ല മഹാബലിക്ക് ഇഷ്ടപ്പെട്ടില്ലേ മഹാബലി പറയണു വിശ്വശം മാം ത്രിപതം യാചസസേ ബാലിശസ്ത്രം സർവാ ഭൂമി വൃണോ കിമനീത്യാം സതൃപ്യൻ യസ്മാർപദ പരിപൂർത്തിയക്ഷമക്ഷേപവാദൻ ബന്ധം ചാസോ അഗത താമ വിശ്വേഷം മാം ത്രിപദം കിം വ്യാജസേ ഓഹ് അത് വലിയ ഇൻസൾട്ടാണ് കേട്ടോ ഞാൻ ത്രിലോക ചക്രവർത്തി ആ ത്രിലോക ചക്രവർത്തിയോട് ചോദിക്കുന്നത് ഊനടിമണ് എന്നെ അപമാനിക്കില്ലേ അതുകൊണ്ട് ഇത്രം പാലിച്ച കുട്ടി ഒന്നും അറിയാത്തൊരു കുട്ടി കുട്ടികളായാലും ഇങ്ങനെ ചിന്തിക്കുന്നു എന്താ അവർക്കറിയ വേണ്ടത് അവർക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് സർവാം ഭൂമി വൃണോ എല്ലാ ഭൂമിയും ചോദിക്കൂ അങ്ങനെ ചോദിച്ച ഒരാളാണ് അവര് സർവം ചോദിക്കൂ എന്ന് എന്നിട്ടോ അങ്ങ് അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സർവാം ഭൂമിയും വീണു ഇത് കേട്ട് ഭഗവാൻ കുട്ടി എത്രയാ വരാൻ പോകണമെന്ന് നല്ലതും അറിയോ സർവാം ഭൂമിയും എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയാണ് മനസ്സിലുള്ളത് അതുകൊണ്ട് എല്ലാം അപഹരിക്കാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടെ ത്രിപത പരിപൂർത്തികാമോ മൂന്നടി കൊണ്ട് തന്നെ പരിപൂർത്തമാക്കും ഞാൻ അതുകൊണ്ട് ബന്ധം ച അതർഹത അതിന് കുറച്ച് വേദന നീ അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അവനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു അപ്പൊ അയാൾ പറഞ്ഞു മഹാബലി പറയണോ എല്ലാം വാങ്ങിക്കാൻ ഭഗവാൻ പറയണോ മൂന്നടി കൊണ്ട് തന്നെ നിന്റെ സർവസ്വവും എന്റെ കാലിന്റെ കീഴിലാക്കും നോക്കിക്കോണൂന്ന് അപ്പൊ നിനക്ക് അതിന് കുറച്ച് വേദനയും അനുഭവിക്കേണ്ടി നിന്നെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് ഭഗവാൻ മനസ്സിൽ വെച്ചു എന്നിട്ടോ പാദത്രയ്യായി ുക്തേസ്മരപദേ തോയ ദൈത്യാചാര്യ അപഗലു പരീക്ഷാർത്തിന പ്രേരണം മായം ഹരി അയതിരിതേവാപഭാഷേ അപ്പൊ ഭഗവാൻ എല്ലാം വാങ്ങിക്കൂന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറയാണ് നോക്കും മഹാബലി അല്പം ഉള്ളതിൽ തന്നെ തൃപ്തിയില്ലാത്തവന് എന്ത് കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ല ഭഗവാന്റെ ഒരു വലിയൊരു സിദ്ധാന്തമാണിത് എന്ത് തൃപ്തിയില്ലാത്തവന് എന്ത് കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ല വസ്തുവല്ല തൃപ്തി തരുന്നത് നമ്മുടെ മനസ്സാണ് തൃപ്തി തരേണ്ടത് മനസ്സിൽ തൃപ്തിയില്ലാത്തവന് കോടിക്കണക്കിന് രൂപമുണ്ടായാലും തൃപ്തി വരില്ല ഉണ്ടോ ഇതൊക്കെ മനസ്സിന്റെ അവസ്ഥയാണ് ഇത് പണ്ടൊരു ഒരു ആളുടെ കഥ പറഞ്ഞവലെയാണ് ഒരാള് കാട്ടില് മരം വെട്ടാൻ അങ്ങനെ മരം വെട്ടുന്നതിനിടയിൽ ഇയാളുടെ മഴ ഒരു ഇതിൽ വീണു ഏതിൽ തടാകത്തിൽ വീണു അപ്പൊ ഇയാള് തടാകത്തിൽ മഴ എടുക്കാൻ പോയ സമയത്തുണ്ട് ആമയെ കാണും അപ്പൊ ആമയെ കാണുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ അന്ന് ഇയാള് മരം വെട്ടാൻ പോയപ്പോ ഇയാൾക്കൊരു മയിലിനെ ഒരു മയിലിന് എങ്ങനെയാണ് പിടിച്ചു ഈ മയിലിനും വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയാള് തടാകത്തിൽ ചെന്ന് മഴ കൊടുക്കണം ഇതിന് വെള്ളം കൊടുക്കും അപ്പൊ മയിലിനെ കണ്ടപ്പോ ഈ ആമക്ക് മനസ്സിലായി ഈ മയിലെന്റെ സുഹൃത്താണെന്ന് ഉടനെ ആമ പറഞ്ഞു ഈ മയിലിന് അങ്ങ് വിടണമെന്ന് അപ്പൊ വർത്തമാനം പറയുന്ന ആമയുണ്ട് വെറുതെ വിടണമെന്ന് വേളറിന് ഞാൻ വെറുതെ വിടിയേ ഈ സാധനത്തിനെ പിടിക്കാൻ തന്നെ വലിയ പ്രയാസം ഇത് അങ്ങാടിയിൽ കൊണ്ട് എത്ര കാശ് കിട്ടും നിനക്ക് അറിയൂ രണ്ടു ദിവസം വിറകാ കിട്ടില്ല അത്ര കാശ് അപ്പൊ ഇയാൾക്ക് കാശിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായപ്പോ ആമ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമൂല്യമായൊരു രക്തം തരാം നിങ്ങൾക്ക് നിങ്ങൾ വിടു ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് വിടാ അപ്പം ആമ തടാകത്തിനുള്ളിൽ പോയി ഒരു പവിഴം ഒരു രക്തം കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഈ സാധനം ഞാൻ തരാം അങ്ങനെ വിട്ടാൽ തരുന്നുള്ളതിന് എന്താ ഉറപ്പെന്ന് വിട്ടാ സത്യം വഞ്ചകരിയ ഇയാൾ വിട്ടു ആമ രക്തവും കൊടുത്തു ഇയാൾ മഴ എടുക്കാതെ വീട്ടിൽ പോയി കാരണം ഇനിയിപ്പോൾ മഴയുടെ ആവശ്യമില്ലേ രത്ന കിട്ടിയിരുന്നത് അത് വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞപ്പോഴും തിരിച്ചു വീട്ടുന്നു തടാകത്തിന്റെ അടുത്തേക്ക് അപ്പൊ ചോദിച്ചു ആമയെ ആമയെ കണ്ടപ്പോൾ ചോദിച്ചു ആമ ചോദിച്ചു എന്താവോ അല്ല എന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നു ഇതുപോലെ കൂടി കിട്ടിയാൽ മറ്റേ കാതിലും കൂടെ വെക്കാന്ന് ഉടനെ ആമ പറഞ്ഞു ഇതിന് മാച്ച് ചെയ്യുന്ന സാധനം അവിടെ ഉണ്ടോയെന്നറിയില്ലയാണ് കാരണം കാതിൽ വെക്കണമെങ്കിൽ മാച്ച് ചെയ്യുന്ന സാധനം വേണം അപ്പൊ എന്താ ചെയ്യുക മാച്ച് ചെയ്യുന്ന സാധനമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇതുകൊണ്ടുപോയി നോക്കണമെന്ന് ആരൊരു കാര്യം ചെയ്യൂ അവിടെ വെച്ചോളൂ പറഞ്ഞു അവിടെ വെച്ചു ആമ എടുത്തു അവ എടുത്ത സമയത്ത് ഇയാൾ ചോദിക്കാൻ എത്ര സമയം വരും കഴിയും കിട്ടാമെന്ന് ഉടനെ ആമ പറഞ്ഞു ജീവിതം എന്ന് ആമ പോവും ചെയ്തു എന്ന് വെച്ചാൽ എന്താർത്ഥം ആ ഉള്ളതിനെ തന്നെ പ്രയോജനപ്പെടുത്താതെ ആർത്തി കാണിച്ചതുകൊണ്ട് ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിനപ്പോ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ ഒന്നിലും തൃപ്തനല്ലാത്ത ലോകാണ് എന്തോ ഭഗവാൻ പറയാണ് മൂന്നടി കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ മൂന്ന് ഭുവനം കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ല എന്റെ മഹാബലി അതുകൊണ്ട് മൂന്നടി തന്നെ ധാരാളം മതി തോന്നുന്നു ഇത് കേട്ടപ്പോ മഹാബലി പറയണം ഉയരല്ലെങ്കിലും വിവരണ്ട് കുട്ടിക്ക് ഇന്ന് ചിലർക്ക് ഉയരേ ഉള്ളൂ വിവരം കുറച്ച് പറയും ഇത്രയധികം വിവരമുണ്ടല്ലോ കുട്ടിക്കേന്ന് ആ സമയത്ത് മഹാബലി ഇതും ദൈവം ചർച്ച ചെയ്യുമ്പോൾ ശുക്രാചാര്യൻ നോട്ടം ഈ വഡുവിനെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മദൃഷ്ടിയിലൂടെ മനസ്സിലായി സംഗതിവാമനൊന്നല്ല ഇവിടെയാണ് ശുക്രാചാര്യൻ മഹാബലിയോട് പറയുന്നത് സമ്പത്തെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വളരെ ചിന്തനീയമായൊരു ഭാഗമാണ് ലോകത്തിൽ ആദ്യമായി എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ആചാര്യനാണ് ശുക്രാചാര്യന് ഇന്നത്തെ ഈ മാനേജ്മെന്റൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ ഫൈനാൻസ് എങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം അത് പറഞ്ഞിരിക്കുന്ന ആചാര്യൻ ശുക്രാചാര്യൻ അദ്ദേഹം പറയുന്നത് സമ്പത്ത് അഞ്ചായി വിഭജിക്കണമെന്നാണ് നമ്മുടെ സമ്പത്തിനെ നമ്മൾ അഞ്ച് ഭാഗങ്ങളാക്കണം നോട്ട് അഞ്ച് ഭാഗമാക്കണമെന്നല്ല അഞ്ചായിട്ട് കേട്ടോ പറയണത് അഞ്ച് ഭാഗങ്ങളാക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഞ്ച് സ്ഥലങ്ങളിൽ നമ്മളതിനെ സ്പെൻഡ് ചെയ്തുകൊണ്ടു ഏതൊക്കെയാണ് ഇത്ര അനുസരണം ഒരംശം അവനവന് വേണ്ടി ഒരംശം കുടുംബത്തിന് വേണ്ടി ഒരംശം നാണത്തേക്ക് വേണ്ടി ഇത് ശുക്രാചാര്യപ്പെടുത്തിച്ചേരണോ അതിനും വലിയ ശുക്രന്മാരാ നമ്മൾ വേണോ ശുക്രാചാര്യനൊന്നും പഠിപ്പിച്ചേരണ്ട നമ്മുടെ കാര്യത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം എന്നുള്ള അയാൾ വേണം തരണോ നമുക്കറിയാതെ മൂന്നെണ്ണം നമ്മൾ ചെയ്യുന്നതാണ് ഏതെല്ലാം ി കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി നാലാമത്തതാണ് സമൂഹത്തിന് വേണ്ടി ഒരംശം ചെലവഴിക്കണമെന്നാണ് അങ്ങനെയാണ് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങള് ക്ഷേത്ര കുളങ്ങള് പബ്ലിക് കുളങ്ങള് അതുപോലെ വൃക്ഷങ്ങള് പബ്ലിക് വൃക്ഷങ്ങള് റോഡുകള് അതൊക്കെ അങ്ങനെയാണ് ആ സമ്പത്തുണ്ടാക്കിയിരുന്നത് ഒരംശം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതായത് ഭൌതിക വികസനത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് വിദ്യാലയങ്ങള് പണ്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് അഞ്ചാമത്തൊരംശം സമൂഹത്തിന്റെ ആത്മീയ പുരോഗതിക്ക് ചെലവഴിക്കണം എന്നാണ് കാരണം ഭൌതിക പുരോഗതി നിലനിൽക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ കൾച്ചർ ഇല്ലാത്തൊരു സമൂഹം വന്നാൽ ഭൌതിക പുരോഗതി അവർ നശിപ്പിക്കും അപ്പൊ നിങ്ങൾ കാണാം ഇതെല്ലാം ഇപ്പൊ ഉണ്ടല്ലോ പാവപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾക്ക് പബ്ലിക് ടോയ്ലറ്റുകളും പലതും കൊടുക്കും വിത്തിൻ ഒരു വർഷം കൊണ്ട് അവരത് നശിപ്പിക്കും കാരണം പിന്നെ മത്സരം പോരായ ആരുടെയോ ആരുടെയാണ് നല്ലത് നാഥനില്ലാത്തവര് നാഥനാക്കും കണ്ടില്ലേ നിങ്ങൾ ഓരോ സമൂഹത്തിൽ ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം പബ്ലിക് സാധനങ്ങൾ അപ്പോ സംസ്കാരമില്ലാത്തവന്റെ കയ്യിൽ സമ്പത്ത് കിട്ടിയാൽ അതവൻ മിസ്യൂസ് ചെയ്യും സമ്പത്തും വേണം സംസ്കാരം വേണം സംസ്കാരമുണ്ടാവാൻ യജ്ഞങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ അതാണ് ജ്ഞാന യജ്ഞങ്ങൾ അതുകൊണ്ട് ആത്മീയമായൊരു സംസ്കാരം നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴാണ് എല്ലാവരിലും ഇരിക്കുന്ന ഈശ്വര ചൈതന്യം ഒന്നാണെന്നും ആരും ആരെയും വേദനിപ്പിക്കരുതെന്നും എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കണമെന്നൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുക അപ്പോൾ അവൻ ഉയർന്ന് ചിന്തിക്കണമെങ്കിൽ അവന്റെ സംസ്കാരം വിശാലമാവണം അതുകൊണ്ട് സംസ്കാരത്തെ വികസിപ്പിക്കുന്ന ജ്ഞാനയജ്ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിന്റെ അംശം ചെലവഴിച്ചുകൊള്ളണം ഇങ്ങനെയാണ് പൂർവികന്മാര് ഈ ഭാരതം നിലനിർത്തിയത് എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് കാര്യങ്ങൾ ഒന്ന് കുടുംബം തന്റെ കാര്യം നാളത്തേക്ക് വേണ്ടി സമൂഹം അതുപോലെ ആത്മീയം ഈ തരത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ സമൂഹം ഉത്കൃഷ്ടമാകുമെന്ന് അവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശുക്രാചാര്യന് മഹാബലിക്ക് ഏതായാലും മഹാബലി പറഞ്ഞു ഇപ്പോൾ എനിക്കിതൊന്നും ബാധകല്ല കാരണം എന്റെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നോടദേഹം ഇങ്ങോട്ട് യാചിച്ചിരിക്കുന്നു എല്ലാരും ഭഗവാനോടല്ലേ യാചിക്കുന്നത് ഇവിടെ ഭഗവാൻ എന്നോട് യാചിച്ചിരിക്കുന്നു ഞാൻ ഭാഗ്യം ചെയ്തവനാണ് എന്ന് പറഞ്ഞ് ഭഗവാന് ആ മൂന്നടി ഇളക്കാൻ അനുവാദം കൊടുക്കാൻ അദ്ദേഹത്തിന് പാർ ഭാഗ്യം ആ വെള്ളം കൊടുക്കുകയാണ് പൂർണ്ണം എത്തിതതയാ ദവാധ്യയ ദുഃഖ്യം ഇപ്പം ചിത്രം സകലമപയത്തോയ പൂവ ഭാഗ ഞാൻ ഭാഗ്യവാനാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാനേവം അഹം പൂർണകാമ ഭഗവാൻ തന്നെയാണ് എന്റെ മുന്നിൽ വന്ന് യാചിക്കുന്നതെങ്കിൽ ഇതിൽപരം ഭാഗ്യം എനിക്ക് എന്ത് വേണം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് വാമന രൂപത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അനുഗ്രഹീതം തന്നെയാണ് അതുകൊണ്ട് ദാസയാമി എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ കൊടുക്കുന്നു കൊടുത്തിരിക്കും ആ സമയത്ത് കോപിഷ്ഠനായി ശുക്രാചാര്യന് അതേതീതു ദൈത്യകാവ്യശക്ത അവിടെ വെച്ച് ശുക്രാചാര്യ ശപിച്ചു എന്നാണ് എന്താണത്രേ ശാപം എങ്കിൽ നിന്റെ സർവസമ്പത്തും നിനക്ക് നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചു ഇത് നമ്മളാരും കേട്ടിട്ടാണല്ലോ ഈ കഥ ഇത് കൊടുക്കുമെന്ന് മഹാബലി നിശ്ചയിച്ച സമയത്ത് ശുക്രാചാര്യന് ശപിച്ചു എന്ന് അതാണത്രേ ശപിച്ചതുകൊണ്ടാണത്രേ ഭഗവാൻ സർവം അപേരിക്കാൻ കാരണം ഗുരുവിന്റെ ശാപം പൂർത്തിയാക്കണം ആര് ഭഗവാൻ അപ്പൊ അങ്ങനെ ശപിച്ചു എന്നാണ് എന്നിട്ടോ ദത്തവാദ്യായ വിന്ദ്ാവലിയെ വിളിച്ചു തുളസിയും അരിയും അതുപോലെ വെള്ളവും ഭഗവാന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവിടെ നിന്ന് ചോദിച്ചോ അത് താൻ തന്നിരിക്കുന്നു സകലം കോയപൂർവം പ്രാപ്തൽ ഭഗവാൻ ആ കയ്യിൽ കിട്ടിയതും ഭഗവാന് ഈ ഭൂമി മുഴുവൻ താൻ കൊടുത്തതുപോലെ തന്റെ കയ്യിലുള്ള സർവസമ്പത്തും കൊടുത്തതുപോലെ ആ മഹാബലി സങ്കല്പിച്ചു ഭഗവാനാണെങ്കിലോ നിസ്സന്ദേഹം വിധികുലപതോ ്യശേഷർപ്പണം തൽ വ്യാദൻ്റെ ഓജുരുഷയാമര പുഷ്പവർഷം ദിവ്യം രൂപം അവജപതിദ്യത വിശാവാജയുച്ചൈ അവൽ അവധീഗത്തെ വിശ്വാണ്ട അങ്ങനെ ആ അസുരചക്രവർത്തിയായ മഹാബലി പൂനടി അറിഞ്ഞെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാന് പൂവും അരിയൊക്കങ്ങൾ കൊടുത്ത സമയത്ത് ഭഗവാൻ അതിനെ സ്വീകരിച്ചപ്പോ ദേവന്മാരെല്ലാം ഭഗവാന്റെ മേല് പുഷ്പവൃഷ്ടി നടത്തിയതാണ് അങ്ങനെ പുഷ്പവൃഷ്ടി നടത്തിയതും ഒരു നിമിഷം കൊണ്ട് ആ വാമന രൂപം വളർന്ന് വളർന്ന് വളർന്ന് അറിയണോ വിശ്വാണ്ട ഈ വിശ്വം മുഴുവൻ നിറയുന്ന രൂപത്തെ എടുത്ത് ഭഗവാൻ നിന്നു നേരത്തെ ആകെ സ്ത്രീ ഇഞ്ചേ ഉള്ളൂ ഇപ്പോഴോ എത്ര ഇഞ്ചാണെന്ന് പറയാൻ സാധ്യല്ല അത്രയും വലിയ രൂപത്തെ ഭഗവാനെടുത്തു എന്നിട്ടോ തൽപാദാഗ്രം നിജപതകം ഗതം ഉവോണ്ടീ പുനൽ യജ്ജലം വിശ്വലോകൻ അർഷാ ശുഭകുന ഉത്സവേസ്മിൻ ക്തിശാല <issions> ഇതാണ് ഗംഗയെ തീർന്നത് ഭഗവാൻ ഒരാടിയെ കൊണ്ട് അളങ്ങപ്പോഴേക്കും ബ്രഹ്മാണ്ടമെല്ലാം പിളർന്നുകൊണ്ടാണ് പോകുന്നത് ഭഗവാന്റെ കാലടികൾ അപ്പോ ആ പോയ സമയത്ത് ഭഗവാൻ്റെ പാദങ്ങൾ ചെന്ന് മുട്ടിയ സമയത്ത് ആ മുട്ടുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ബ്രഹ്മാവ് നോക്കിയപ്പോ ഏതാ ഒരു സാധനം ഒന്നും പുറകിലിങ്ങനെ കുത്തണു ഒരു കാലിന്റെ പെരുവരിലെ കാണുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് സാധാരണ ഒരാളുടെ കാലാവില്ല അത് വേഗം നോക്കുമ്പോണ്ട് ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ കാലാണ് വന്നിരിക്കുന്നത് തന്റെ കമണ്ടലുവിൽ നിന്നും വെള്ളമെടുത്ത് ഭഗവാന്റെ അങ്ങോട്ട് പാകത്തിലേക്ക് ഒഴിച്ചു കാലുകൾ കഴുകി തീർത്ഥമെടുത്തു അങ്ങനെ ആ യജ്ജലം വിശ്വലോകാൻ പിന്നീടത് അരായി തീർന്നു പവിത്രമായ ഗംഗാനദിയെ തീർന്നു ഗൈചരയെ ദേവന്മാരെല്ലാം ഉത്സാഹത്തിലാണ് സന്തോഷത്തിമർപ്പിലാണ് എന്ന് മാത്രമല്ല ഭക്തിശാലി ജാമ്പാൻ ദേവിൻ ജാമ്പവാൻ അന്നുണ്ടായിരുന്നു അത്രേ അദ്ദേഹം ഒരു പെരമ്പര എടുത്തുകൊണ്ട് വാദ്യോപകരണമെടുത്ത് പൊട്ടിക്കൊണ്ട് ഭഗവാന്റെ മഹിമയും വർണ്ണിച്ചുകൊണ്ട് പ്രലോകങ്ങളിൽ സഞ്ചരിച്ചു ആര് ജാമ്പാൻ എന്ന് പറയുന്നത് എന്നിട്ടോ താവൽ ദൈത്യാം തതു നദിമൃദേ ഭക്തരാരബ്ദയുദ്ധ ദേവോപേദേവതനചരെ സങ്കദാ പങ്കമാപൻ താളാത്മായം വസതി പുരതോ യദ്വാൽ താഘിതാസ്മോ യുദ്ധൈരി ബലിഗിരാത ഭഗവാൻ ഇപ്രകാരം മൂന്നടി അളക്കുന്ന അളക്കുന്ന സമയത്ത് അടികൊണ്ട് സർവഭൂമിയും അളഞ്ഞെടുത്ത സമയത്ത് ദിക്കുകളൊക്കെ അളഞ്ഞെടുത്തപ്പോ അസുരന്മാരൊക്കെ ഓടി വന്നിട്ട് ആരബ്ധ യുദ്ധാദൈത്യ യുദ്ധം ചെയ്യാൻ ഭഗവാന്റെ നേരെ ഓടി എന്നാണ് ആ സമയത്ത് മഹാബലി അവരോട് പറഞ്ഞു ഏ ആരും യുദ്ധം ചെയ്യേണ്ട കാരണം ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് അതീരതയിലായത് ഇന്ന് അതേ ഭൂമി ഭഗവാൻ തിരിച്ചു വാങ്ങിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്തിനും നമ്മൾ യുദ്ധം ചെയ്യണം യദ്വശാത്താദ്യം യുദ്ധയിക്കും യുദ്ധം കൊണ്ടെന്താണ് കാര്യം ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഇത് കിട്ടിയത് നോക്കു അപ്രോച്ച് നോക്കൂ കിട്ടിയതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇപ്പെനിക്ക് നഷ്ടപ്പെട്ടതും ഭഗവാന്റെ ആ ഒരു സമത്വ ബുദ്ധിയോട് കൂടിയിട്ട് അതിനെ കാണാൻ സാധിച്ചു സാധാരണക്കാരന് സാധ്യമല്ല സാധാരണക്കാരൻ കാണുന്നത് എന്റെ പ്രയത്നം കൊണ്ട് കിട്ടി ഭഗവാന്റെ ശാപം കൊണ്ട് പോയി എന്നാണ് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യിക്കുക എന്നാൽ ഇത് കിട്ടിയതും ഭഗവാന്റെ കാരുണ്യമാണ് ഇത് പോയതും ഭഗവാന്റെ നിശ്ചയമാണ് എന്ത് പറഞ്ഞുകൊണ്ട് വലി കിരാത്തേ പാതാളമാപ്പൂ അവരെല്ലാം പാതാളത്തിലേക്ക് പോയി ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം മഹാബലിയെ മഹാബലിയാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ സമീപനമാണ് ആറ്റിറ്റ്യൂഡാണ് വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ജീവിതത്തിൽ ഏത് സമീപനം വെച്ച് ജീവിക്കുന്നുവോ ആ സമീപനമാണ് നമ്മളെ മഹാനാക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുകയും അതുപോലെ വിഷമിക്കുകയും പരാതികൾ പറയുകയാണെങ്കിൽ നിങ്ങളിലെ മഹാനത്വം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു നിസ്സാര മനുഷ്യനായിത്തീർന്നു നിങ്ങൾ ഓർഡിനറി മനുഷ്യനായിത്തീർന്നു നിങ്ങളുടെ ദൈവീകത നിങ്ങൾ നഷ്ടപ്പെടുത്തി അപ്പൊ നമ്മളിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെടുന്നില്ല നമ്മളിലെ ആത്മീയ തേജസ് നഷ്ടപ്പെടുന്നില്ല അതിനെ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യല്ല എന്നാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആദരണീയനായൊരു ചക്രവർത്തിയായിരുന്നു സീതാദേവിയുടെ പിതാവായ ജനകമഹാരാജാവ് യാജ്ഞവൽക്യന്റെ ശിഷ്യനായിരുന്നു യാജ്ഞവൽക്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോൾ മൈത്രിയൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം വരും ശ്രീ മൈത്രിയുവാചേ യാജ്ഞവൽക്യന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ആര് മൈത്രേയൻ അപ്പൊ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനായ ജനകമഹാരാജാവ് ഇനി വേറൊരു പ്രത്യേകതയുണ്ട് ഭാഗവതം പരീക്ഷിത്വ മഹാരാജാവിന് ഉപദേശിക്കുന്നത് ആരാണ് ആരാണ് വ്യാസഭഗവാന്റെ ശുഖബ്രഹ്മർഷി അപ്പൊ ആ ശുഖബ്രഹ്മർഷിയുടെ ഗുരുവാണ് ശുഖബ്രഹ്മർഷിയുടെ ഗുരുവാണ് മനസ്സിലാക്കിയില്ല എന്നുള്ള ജനകമഹാരാജാവ് സീതാദേവിയുടെ പിതാവാണ് യാജ്ഞൽ എന്നാണ് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഗുരു എന്ന് വരികയാണ് ആ ശ്രീശു എന്നാണ് ജനകമഹാരാജാവ് ഒരിക്കൽ യാജ്ഞവല്ക്കന്റെ ആശ്രമത്തിലിരുന്ന് തത്വങ്ങളൊക്കെ പഠിക്കുകയാണ് വേദാന്ത തത്വങ്ങൾ ആ സമയത്ത് മന്ത്രി വന്ന് അറിയിക്കുന്നു കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തിന് തീപിടിച്ചു അപ്പൊ നിങ്ങൾ ഇവിടെ കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും പറയാനോ വീട്ടിൽ കള്ളം കയറിയെന്ന് ഇവിടെ ഇപ്പിറക്കിയോ ഉത്തരം ഇരിപ്പുറയ്ക്കോ വീട്ടിലെ കള്ളം കേറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പുറക്കോ നമ്മൾ മനസ്സ് പതറി നമ്മളോടും വീട്ടിലേക്ക് അല്ലേ എന്തൊക്കെയാ കൊണ്ടുപോയത് എന്നുള്ളത് എന്നാൽ അദ്ദേഹം ഇളകിയില്ലയെന്നാണ് അവിടെയിരുന്നു യാജ്ഞവക് മാർശി ജോലിക്കുകയാണ് എന്താ മഹാരാജൻ കൊട്ടാരത്തിന് തീ പിടിച്ചു ഉടനെ പറയാണ് കൊട്ടാരത്തിനെ തീ പിടിച്ചിട്ടുള്ളൂ എന്റെ ആത്മാവിനെ തീപിടിച്ചിട്ടില്ല എന്ന് കൊട്ടാരം തീ പിടിച്ചേക്കാം പക്ഷേ എന്റെ ആത്മാവിന് തീപിടിക്കാത്തോടത്തോളം കാലം എന്റെ ആത്മാവ് എനിക്ക് നഷ്ടപ്പെടാത്തോളം കാലം എന്ത് ഉണ്ടായിട്ടും അത് കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വാല്യൂ ചെയ്യേണ്ടത് ഏതിനാണ് നമ്മുടെ സ്വന്തം ആത്മാവ് ഇതിനേക്കാളും വലുത് വലുതൊന്നും ഇല്ല ആ ആത്മാവ് തന്നെയാണ് ഗുരുവായൂരപ്പനെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പനേക്കാൾ വലുതായിട്ട് എനിക്കിവിടെ ഒന്നുമില്ല നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വന്നാലും പോയാലും അതൊന്നൊരു ബാധകല്ല എന്ന് അങ്ങനെയാണ് ഒരു വലിയൊരു മഹാനുണ്ടായിരുന്നു വലിയൊരു ചക്രവർത്തി ആ ചക്രവർത്തിയുടെ സമ്പത്തൊരിക്കൽ അപഹരിക്കുകയാണ് കൊട്ടാരത്തിൽ ഗംഭീര കവർച്ച നടക്കുകയാണ് ആളുകളൊക്കെ വന്ന് പ്രഭുക്കന്മാര് ചക്രവർത്തിയോടെ വിഷമം പറയാൻ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചല്ലോ അദ്ദേഹം അവർക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെന്ത് വിഡിത്താ പറയുന്നത് എന്ത് സമ്പത്ത് നഷ്ടപ്പെട്ടു ഞാൻ കൊണ്ടുവരാത്ത സമ്പത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്ത് എന്റെ ആത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യത അത് നഷ്ടപ്പെട്ടാൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ഉണ്ടോ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കോടിക്കണക്കിന് വിലയുള്ള രൂപയുടെ ഉള്ള ബില്ലിങ്ങുണ്ടായിട്ട് എന്താ കാര്യം ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഏറെ ചിന്തിക്കാനുള്ളത് നമ്മുടെ ഏതിനാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് നിങ്ങൾ വാല്യൂ ചെയ്യുന്ന നിങ്ങളുടെ വീടും വീട്ടിലുള്ള സാധനത്തിനെയാണോ എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കാൻ ഏറെ കാരണം അതിന് കേടുപറ്റിയാൽ അത് നഷ്ടം പറ്റിയാൽ ഇരുന്ന് ദുഃഖിക്കാം നിങ്ങൾ വാല്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനയാണോ എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല കാരണം എന്ത് പോയാലും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് വരാം ഇനി അതല്ല കുറേ കൂടി നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ വസ്തുക്കൾ ഇന്ന് വാല്യൂബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മനസ്സുള്ളത് നിങ്ങളുടെ മനസ്സ് താളം തെറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് വസ്തുക്കളൊക്കെ ഒരുപോലെയാണ് അൽഷീമിയസിനോട് രോഗമുണ്ടല്ലോ കണ്ടുണ്ടോ രോഗികളെ അവർക്ക് എന്തെങ്കിലും വാല്യൂബിളായിട്ട് ഈ ലോകത്തിലുണ്ടോ ഉണ്ടോ ഞാനൊരു വലിയൊരു മഹാന്റെ കഥ കേട്ടിരിക്കുന്നത് വളരെ വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന് അൽഷീമിയസ് രോഗം വന്നപ്പോ സ്വന്തം ഭാര്യയെപ്പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് പത്ത് നാൽപ്പത് വർഷം തന്റെ കൂടെ ജീവിച്ച ഭാര്യയെപ്പോലും അദ്ദേഹത്തിന് തിരിച്ചറിയില്ലേ ആരാണെന്ന് ഭാര്യയോട് പോലും ചോദിക്കത്ര നീ ആരാണെന്ന് നീ എന്തിനവിടെ വന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ ആയിരം ഒരു കോടി രൂപയുടെ നോട്ടിട്ടാലും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു രൂപ ഇട്ടാലും രണ്ടും അദ്ദേഹത്തിന് ഒരുപോലെയാണ് കാരണം അതിനെ വാല്യൂ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാന്ന് പറയുന്നത് അപ്പൊ ആ വസ്തുക്കൾക്ക് വാല്യൂ കൊടുക്കുന്ന ആരാണ് നമ്മുടെ ഒരു ആരോഗ്യമുള്ളൊരു മനസ്സാണ് ആ മനസ്സിന് ആരോഗ്യം തരുന്നതാരാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അപ്പൊ അതിനേക്കാൾ വിലയുള്ളതൊന്നും എനിക്കില്ലാന്ന് മനസ്സിലായാൽ പിന്നെന്തിനാ അവിടെ ദുഃഖിക്കാനുള്ളത് മനസ്സിലായില്ലേ ആളുകൾ നിസ്സാര കാര്യത്തിനാണോ ദുഃഖിക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും സാധ്യല്ല അതാണ് പട്ടിതിപ്പാട് ഈ അവരുടെയൊക്കെ കാലഘട്ടത്തിനെ സാധിച്ചത് ഭൂതാനൊക്കെ തന്നെ പറയുന്നത് ഉണ്ണി മരിച്ചിട്ട് തവർന്നില്ലേ അദ്ദേഹം ആ സമയത്ത് പറയുന്നത് ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ അത്ര വ്യക്തമാണ് എന്റെ ഭാര്യ പ്രസവിച്ച കുട്ടിയല്ല മകൻ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് മകൻ ഇത് കാണണമെങ്കിൽ നമ്മൾ അത്രമാത്രം സാധനകളിലൂടെ ആത്മാവ് തന്നെയാണ് നിശേഷം ആത്മാനമേനും ഗുരുഭവന ഇത് ഉറപ്പിക്കാത്തതുകൊണ്ടാണ് ബാക്കിയൊക്കെ നമുക്ക് ഉറപ്പ് വരുന്നത് ഒന്നും നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മറ്റത് ഉറപ്പുവരില്ല ഉണ്ടോ നിങ്ങൾ വീട്ടിന്റെ അകത്ത് കയറി വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തു എന്നുള്ള ഉറപ്പുവന്നാൽ ഇനി നിങ്ങൾക്ക് കട തുറങ്ങാൻ പറ്റും ഏറെ നിങ്ങൾ കിടന്ന് കഴിഞ്ഞതിന് ശേഷം ഉറക്കണം അടച്ചു ഞാൻ വിറ്റിയിട്ടുറക്കം വരുമോ വരുമോ ഇനി നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ കുറ്റിയിട്ടു വന്നു ആ ഞാൻ കുറ്റിയിട്ടു നിങ്ങ കടന്നു വന്നു നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ കുറ്റിട്ടില്ലാന്ന് എന്നാലും നിങ്ങൾ നിങ്ങളുടെ കിടക്ക് മിണ്ടാതെ കിടക്ക് എന്നൊക്കെ ഭർത്താവ് പറഞ്ഞാലും നിങ്ങൾ അങ്ങോരൊന്ന് ഉറങ്ങാൻ കാത്തിരിക്കും ഇതിനുവേണ്ടി നോക്കാൻ വേണ്ടിട്ട് കുറ്റിയിട്ടു എന്നുള്ള ഉറപ്പ് വന്നാൽ ഉറപ്പ് വന്നു അതുവരെ നിങ്ങൾക്ക് ഉറക്കം തോന്നിയാലും അവിടെ ഉറപ്പില്ല കൂട്ടിയിട്ട് പോകുന്നത് ഇതുപോലെയാണ് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പുവന്നാൽ പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടതായി ഒന്നുമില്ല അതുവരെ നമ്മളിരുന്ന് ഇറങ്ങേണ്ടി വരും എന്നിട്ടോ ഇപ്രകാരം ഭഗവാൻ അദ്ദേഹത്തിൽ നിന്ന് അപഹരിച്ച സമയത്ത് ആ പാദങ്ങളെ കഴുകി അദ്ദേഹം വളരെ വ്യക്തമായി പറയാണ് ഞാൻ ഒട്ടും ദുഃഖിക്കുന്നില്ല ഇതെല്ലാം ഭഗവാന്റെത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹിക്കുകയാണ് എന്നിട്ടോ അനുഭവിക്കുകയാണ് അപ്പ ഭഗവാ ഭഗവാൻതി പാസീബദ്ധം പദഗപതിന ഐറ്റമുച്ചീരവാദീ ആശമമപഥം ചിന്നനിശേഷ സീ പാദം മോണ് പ്രദയ ഭഗവൻ ഇട്ടകമ്പം മതന്ത പ്രഹ്ലാദസ്തംയുഭനയന്നീട്ട ഭഗവാൻ വെറുതെ വിട്ടില്ല പതകപതിനാ പഥകതി ഗരുഡൻ ഗരുഡനെ വിളിച്ചുകൊണ്ട് പാശേബദ്ധം മഹാബലിയെ ഭഗവാൻ പാചയി വരുണപാശയി വരുണപാശം കൊണ്ട് എന്നിട്ടോ ദൈത്യം ഉച്ചയ് അവാദി ഉറക്കിങ്ങനെ പറഞ്ഞു കാർത്തികീയം നീ എന്താ പറഞ്ഞത് മൂന്നടി വണ്ണ് തരാതല്ലേ പറഞ്ഞത് എവിടെ പോയി മൂന്നാമത്തടി ഇപ്പൊ രണ്ടടി കൊണ്ടോ കളഞ്ഞു കഴിഞ്ഞില്ലേ മൂന്നാമത്തത് എവിടെ പോയി വിശ്വേശ്വരക്കും എന്തൊക്കെയാ പറഞ്ഞത് ഈ വിശ്വത്തിന്റെ മുഴുവൻ ഈശ്വരനാണെന്നൊക്കെ അലറിയില്ലേ നീ ഇപ്പൊ മൂന്നടി പോയിട്ട് രണ്ടടിയിലേ തരാൻ പറ്റിയല്ലോ മൂന്നാമത്തെ അടിയുടെ കിൻ എവിടെയാണ് മൂർണ്ണിപ്പതമ്പളീതി അപ്രകാരം പറഞ്ഞപ്പോ ആ മഹാബലി വിനയാന്മിതനായി തളരാതെ പതറാതെ ഇതെല്ലാം ഭഗവാൻ അപഹരിച്ചു എന്നൊന്നും ഭഗവാനോട് നുണ പറഞ്ഞില്ലേ ചെറിയ കാലു കാണിച്ചു തന്നിട്ട് ഈ ഭൂമി മുഴുവൻ അപകരിച്ചില്ലേ എന്നൊന്നും ഭഗവാനോട് പരാതി പറയാതെ മൂർണ്ണീപം പ്രണയ മൂന്നാം തടി ഇവിടെ വെക്കണം എന്റെ മൂർധാവിൽ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് കുരിഞ്ഞു നിന്നു അകമ്പം വതന്തം എങ്ങനെ പറയുന്നത് അകമ്പം അല്പം പോലും ഇള പതരാതെ തളരാതെ അങ്ങനെ ഭഗവാനോട് പറഞ്ഞുവെന്നാണ് അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ വീതവും സ്വയം ഉപഗത അങ്ങോട്ട് അടുത്ത് എന്നിട്ട് മഹാബലിയെ ബഹുമാനിച്ചുവെന്നാണ് ആ സമയത്ത് പ്രഹ്ലാദത്വം പ്രഹ്ലാദൻ അവിടെ വന്നിട്ട് ആ മഹാബലിയെയും ഭഗവാനെയും തൊഴുതു എന്നാണ് ഭഗവാനോട് പറയും അഖില എന്താണ് ഗുരുവായിട്ട് ഭഗവാനെ കാണാണ് അഖിലലോകനായകനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട് മഹാബലിയുടെ മുന്നിൽ വച്ച് ആരെ സ്തുതിക്കുന്നത് വാമനമൂർത്തിയെ സ്തുതിക്കുന്നത് ൂ ഭഗവാൻ നരസിംഹമൂർത്തി വന്ന് കൈകൾ പ്രഹ്ലാദന്റെ ശിരസിൽ വച്ചുവെന്നാണ് ഇവിടെ തന്റെ കാല് തന്നെ എവിടെ വെച്ചിരിക്കുകയാണ് മഹാവിനീരെ എല്ലാവരും ആശ്രയം തേടുന്നത് ഭഗവാന്റെ കാലുകളാണ് അല്ലേ പാദങ്ങളെയാണ് നിത്യം ചിത്തസ്ഥിതമ്മി പവനപുരപതി കൃഷ്ണകാരുണ്യ സിന്ധു ചിത്തത്തിൽ ഈ പാതമൂലം ഭഗവാന്റെ പാദമെന്റെ മനസ്സിൽ കാണണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ പാദങ്ങൾ ചിരസിൽ വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് മഹാബലി ആ ഭാഗ്യത്തെ കണ്ട് പ്രഹ്ലാദൻ വന്ന് കൈകൂപ്പി തൊഴുതെന്നാണ് എനിക്ക് പോലും കിട്ടിയിരിക്കുന്ന ഭാഗ്യം ചിരസിൽ കൈവച്ചുകൊണ്ടാണ് ഇവിടെ മഹാബലിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം കാലുകൾ തന്നെയാണ് ഭൂർത്താവിൽ വെച്ചിരിക്കുന്നത് ഈ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് കൈകൂപ്പിയെന്നാണ് ഭഗവാനാണെങ്കിലോ അവനെ അനുഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്ന കഥ എന്താണ് ഒറ്റ ചവിട്ട് പിസ്റ്റണ മറ്റേ പോക്ക് പോവാൻ ഈ പുട്ടൊക്കെ കുത്താറില്ലേ നമ്മള് കാല് വെച്ചിട്ട് ഒരൊറ്റ തള് മഹാബലി എവിടെ എത്തി പാതാളത്തിലെത്തിന്റെ ഈ കുഴൽ കിണറിൽ കുട്ടികൾ വീഴാറുണ്ട് എന്നൊക്കെ എവിടെ യു പിയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതൊരു കുട്ടി അറുനൂറ് എഴുന്നൂറ് ഫീറ്റ് ഒക്കെ താഴ്ചയുള്ള ഈ പൈപ്പിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇപ്പോ ഈ കുട്ടിയെ പിന്നെ മിലിറ്ററിക്കാരെടുത്തു എന്നൊക്കെ വായിക്കേണ്ടായിട്ടുണ്ട് ഇതുപോലെ എന്താ വലിയ പൈപ്പാണോ ഇങ്ങോട്ട് പാതാളത്തിലേക്ക് വെച്ചിരിക്കണോ മഹാബലി ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന കഥ പക്ഷേ ഭഗവാൻ മഹാബലിയെ എങ്ങോട്ടല്ല അയക്കുന്നത് പാതാളത്തിലേക്കല്ല അയക്കുന്നത് പിന്നെ അയക്കുന്നത് നോക്കാം എങ്ങോട്ടാണ് ോകൃത്രിവിധ വിജയ ആസമത്തം ച പശാ മൽസാജ്യം ഭജത പുനരി അനുഗൃണബലി വിപ്രൈസന്ധാനമകര ആശുവാദാ ർപ്പോ ചിറ്റി അവിടുത്തെ ദർപ്പം അവിടുത്തെ എന്റെയാണെന്ന ദർപ്പം ഇതെല്ലാം എന്റെയാണെന്ന ദർപ്പത്തെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പുണ്യേ സിദ്ധ അസിക്ക് പുണ്യലോകത്തേക്കാൾ ശ്രേഷ്ഠമായത് കിട്ടട്ടെ എന്ന് വെച്ചാൽ എന്താർത്ഥം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം കിട്ടട്ടെ എന്താണ് പുണ്യലോകം എന്നാണ് സ്വർഗം അപ്പൊ സ്വർഗ്ഗത്തേക്കാൾ പറയുന്നത് ഭാഗവതത്തിൽ അങ്ങനെ വിളിക്കുന്നത് സുതലം എന്നാണ് ഇനി നമ്മൾ ആരോടും പറയരുത് മഹാബലിയെ എങ്ങോട്ട് ചവിട്ടി വിട്ടു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന്നൊന്നും പറയരുത് ഭഗവാൻ മഹാബലിയെ പറഞ്ഞയക്കുന്നത് സുതലം എന്നാണ് സുതലം എന്നാണ് സ്വർഗിദീ പ്രാപ്തി സുതലം എന്നാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ് എന്തിനു പറയണോ എന്ത് കിട്ടട്ടെ അങ്ങേക്ക് ദിവ വിജയി അവിടുന്ന് പിന്നീട് മൂന്ന് ലോകത്തിലും ചക്രവർത്തിയിരിക്കുന്ന ഇന്ദ്രസ്ഥാനം കൈവരിക്കട്ടെ മൻ സായുജ്യം പിന്നീട് അവസാനം എന്റെ സായുജ്യം അങ്ങേക്ക് കിട്ടട്ടെ എന്നെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും ഭഗവാൻ പോയിതാണ് പിന്നീട് വിപ്രൈ സന്താനിതമൊക്കെ അവരെ ആ യാഗത്തെ വിപ്രന്മാരെ കൊണ്ട് നാമസങ്കീർത്തനം ചെയ്യിച്ചുകൊണ്ട് ഭഗവാൻ പൂർത്തീകരിച്ചു എന്നാണ് കഥ ഇതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു കഥ ഇതിനെയാണ് മഹാബലി ചരിതമെന്നും വാമനാവതാരമെന്നും പറയുന്നത് ഈ കഥയിലും പിന്നില് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഭഗവാൻ വാമനമൂർത്തി മൂന്നടി മണ്ണ് യാചിച്ചു എന്നാണ് ഏതാണത്രേ മൂന്നടി മണ്ണ് നമ്മൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മൂന്നടി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഞാനെന്ന ബോധമാണ് ഒരടി ഇതൊക്കെ എന്റെയാണ് എന്ന് നമ്മൾ പറയുമ്പം ഞാനൊരു കേമനാണല്ലോ ഞാനെന്ന അഹന്ത നമ്മളിൽ ഒരടിയായിട്ട് ഉയർന്നു നിൽക്കുന്നു രണ്ടാമത്തെ എന്റെ ഈ ലോകം എന്റെയാണെന്ന ആ ഒരു ചിന്ത ഞാൻ എന്നത് ഈ ശരീരവും അല്ലെങ്കിൽ ശരീര ബോധവും കുടുംബവും കുറച്ച് സ്ഥലമൊക്കെ നമ്മുടേതായിട്ടുണ്ടല്ലോ അതെന്റെ വന്നത് ഇപ്രകാരം ഞാനെന്നും എന്റെയെന്നും ഇത് രണ്ടടി മൂന്നാമത്തടിയോ നമ്മളെ സംബന്ധിച്ച് മൂന്നാമത്തടി എന്ന് പറയുന്നത് ഇല്ല എന്നാൽ നമുക്ക് തോന്നുന്നു മൂന്നാമത്തടിയും ഉണ്ട് എന്ന് ഞാനെന്നുമുണ്ട് എന്റേതെന്നുമുണ്ട് മൂന്നാമത്തത് നമുക്ക് തോന്നുന്നത് എന്റേതും ഞാനും ഇത് മാത്രമാണ് നമ്മുടെ സാമ്രാജ്യം എന്ന് തോന്നിയിട്ട് നമുക്ക് തോന്നുന്നു ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നമുക്ക് മൂന്നാമതായിട്ട് തോന്നുന്നതാണ് ഞാനിവിടെ പെർമനന്റാണ് എന്നുള്ളത് സ്ഥിരക്കാരനാണ് എന്നുള്ളത് തോന്നൽ ഒരു സ്ഥിരക്കാരനാണെന്ന് അങ്ങനെ നമ്മളിവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നമുക്ക് മരണത്തെ പിടി വരേണ്ടത് കാരണം നമ്മളെ സ്ഥിരത നശിപ്പിക്കുന്ന ഒരേ ഒരു സാധനം മരണം മാത്രമാണ് അവിടെയാണ് ഭഗവാൻ രണ്ടടി തകർത്തത് പ്രപഞ്ചത്തിന് രണ്ടടി തകർക്കാൻ എളുപ്പം സാധിക്കും ഭൂഗൽഭങ്ങളും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളും വന്നാൽ എന്റേതൊക്കെ തറത്തു കളയാൻ പറ്റില്ലേ നിങ്ങളെ പത്താളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ന ഭാവങ്ങൾ അകല്ലി ഉണ്ടോ ഇല്ല പത്താളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ പിന്നെ ഞാനുണ്ടോ കളയും നമ്മൾ ഈ ഞാനിനെയും എന്നെയും തകർക്കാൻ സാധിക്കും പക്ഷേ ഈ മൂന്നാമത്തടി അത് അങ്ങനെയൊന്നും വിട്ടുപോവില്ല ഞാനിവിടെ സ്ഥിരക്കാരനാണെന്ന് തോന്നലുണ്ടല്ലോ അതങ്ങനെയൊന്നും അങ്ങോട്ട് വിടില്ല നമ്മുടെ ഉള്ളിൽ അവിടെയാണ് നമുക്ക് സമർപ്പണം വരേണ്ടത് എവിടെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ഈശ്വരന്റെ പാദത്തിൽ സമർപ്പിക്കണം എന്ന് വെച്ചാൽ എന്താർത്ഥം ഭഗവാന്റെ പാദമാണ് നമ്മുടെ ആശ്രയം എന്ന് കരുതി അതിൽ തന്നെ നമ്മളെ സമർപ്പിക്കുന്ന സമയത്ത് മത്സായുജ്യം പിന്നെ നമ്മൾ മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല എവിടെ എത്തിക്കഴിഞ്ഞോ ഭഗവാന്റെ സാഹുധ്യം മരണമില്ലാത്ത നാശമില്ലാത്ത സായുധ്യമാണ് ഭഗവാന്റെ സാഹിത്യം മഹാബലി എന്ന പേരിന് അർത്ഥം എന്തായിരിക്കണം ഞാനെന്നും എന്റേതെന്നും ഇവിടെ സ്ഥിരക്കാരനാണെന്നുമുള്ള ബോധം പൂർണ്ണമായി വിട്ടവനെയാണ് മഹാബലി എല്ലാം വിട്ടു സർവധർമാൻ പരിത്യച്ച് ഇപ്പം മഹാബലി എവിടെ എത്തി ശ്രേഷ്ഠമായ സ്ഥലം നൃത്തം അതേതാണ് ഭഗവാൻ ഉള്ളിയുടെ നൃത്തം ഭഗവാന്റെ പാദത്തിന്റെ താഴെ പറഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളാണ് ആശ്രയം ആ ആശ്രയത്തിൽ തന്നെ എത്തുന്നതിനെയാണ് സുതലം എന്ന് പറയാം വ്യക്തമാവുണ്ടോ അപ്പൊ വാമനമൂർത്തി വന്ന് മൂന്നടി വണ്ണി യോജിച്ചു എന്ന് പറഞ്ഞാൽ വാമനെന്ന് പറഞ്ഞാൽ വാ മനൻ അപ്പൊ അതും വളരെ സാണ് നമ്മുടെ മാനം എടുത്തു കളയുന്നവൻ എന്നർത്ഥം മാനം എന്ന് പറഞ്ഞാൽ അഭിമാനങ്ങൾ നമുക്ക് അഭിമാനം ഏതിനോടൊക്കെയാണ് ഞാനെന്നൊരു ബോധം എന്റേതെന്ന ബോധം ഇവിടെ സ്ഥിരമാണെന്ന ബോധം ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തു കളയുന്നവനാണ് വാമനൻ അങ്ങനെ എടുത്തു കളഞ്ഞപ്പം മനസ്സിലായി ഞാനിവിടെ പെർമനന്റ് അല്ല ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത് ആര് മാത്രമാണ് ഈശ്വരൻ മാത്രം ഞാൻ ആ ഈശ്വരന്റെ ദാസനായി ആ പാദത്തിൽ അർപ്പിക്കപ്പെട്ടവനാണ് ഈ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നാശം എന്ന് പറയുന്നതൊന്നും അതാണ് ഓണാഘോഷം ഓണം എന്ന് പറഞ്ഞാൽ വിജയമെന്നാണ് നമ്മൾ ഉയർന്നതിന്റെ വിജയം ആഘോഷിക്കുന്നതാണ് ഓണം നന്മ നടക്കുന്നതാണല്ലോ ഓണം അതുകൊണ്ടാണ് സദ്യയൊക്കെ വെക്കുന്നത് നല്ല വസ്ത്രം ധരിക്കണം സദ്യ ഇതൊക്കെ എന്തിനാ വന്നത് വിജയം ആഘോഷിക്കുകയാണ് അന്ന് നല്ല വസ്ത്രം ധരിക്കുന്നു എല്ലാവരും ഒത്തിച്ചേർ ഒന്നിച്ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു വിജയത്തിന്റെ അത് മാറ്റി അത് സോഷ്യൽ ഫെസ്റ്റിവലാക്കി മാറ്റി കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടാക്കി ആളുകൾ ആളുകൾ എന്ത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിട്ടുള്ള ഉത്സവമാണ് ഓണം പിന്നെ വേറൊരു ഉഴപ്പണ്ടാക്കി മഹാബലി വരുന്നതാണ് അത്രയും മഹാബലിക്ക് വേറെ പണിയില്ലേ അതും അയാൾ വരുന്നത് തന്നെ ആകെ അപകടത്തിലാക്കി പാതാളത്തു നിന്നാണോ വരേണ്ടത് ആ സമയത്തുള്ള കാർട്ടൂണൊക്കെ കണ്ടിട്ടോ നിങ്ങൾ പത്രത്തിൽ ഹോട്ടലിലുള്ള വലിയ കുഴിയുടെ ഉള്ളിൽ നിന്നാണ് മഹാബലി വരികടത്തേ ഇവിടുന്ന് ഡയറക്റ്റ് പാസ്പോർട്ട് വിസ എടുത്തിട്ട് വരുന്നു പാതാളത്തിൽ നിന്ന് വരിയാടത്തേ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് കാണുന്ന പ്രജകളാണെങ്കിലോ തന്റെ കാലഘട്ടത്തിൽ അതേപോലെ കാണുന്നവരൊക്കെ മാനുഷരെല്ലാവരും ഒന്നുപോലെ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പൂർണമായി ഭഗവാനെ ആശ്രയിക്കുന്നതാണ് അവിടെ ഞാനുമില്ല എന്റെ ഇതെല്ലാം ആരുടെയാണ് ഭഗവാന്റെയാണ് വളരെ രസകരമായി എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഹരിനാമകീർത്തനം ഭാഗവതത്തെ മലയാളത്തിൽ സംഗ്രഹിച്ച ആളാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഹരിനാമകീർത്തനം പൂന്താനം ഭാഗവത സംഗ്രഹിച്ചതാണ് ജ്ഞാനപ്പാല എഴുത്തച്ഛൻ സംഗ്രഹിച്ചതാണ് ഹരിനാമകീർത്തനം ആ ഹരിനാമകീർത്തനത്തിൽ അദ്ദേഹം പറയും ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായി ഗവേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണ എന്നവ നിങ്ങൾ ഭാഗം ഇത് ഗുരുവായൂർ അമ്പലത്തിലെ ദിവസം കാസറ്റ് വയ്ക്കൂത് അപ്പൊ ഞാനെന്ന ഭാവം എന്റെ എന്ന ഭാവം ഇത് നമ്മൾ ക്രമേണ കളയണം അപ്പൊ എങ്ങനെയത് കളയുക അതിന് നമ്മൾ രാവിലെ തന്നെ മൂന്ന് കാര്യങ്ങൾ ഭാവന ചെയ്യണം എനിക്കുടനെ ഒന്നാമത്തത് ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന ബോധം എന്റേതെല്ലാം എന്റെ കയ്യിലുള്ളതെല്ലാം ഭഗവാന്റെയാണ് അതുകൊണ്ട് ഇതുണ്ടായാലും ഇല്ലെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്ന സന്തോഷിക്കുന്ന പ്രശ്നമില്ല മനസ്സിലായില്ലേ വസ്തുക്കളും വ്യക്തികളും ഉള്ളതുകൊണ്ടല്ല എനിക്ക് സന്തോഷം അവരുണ്ടെങ്കിലും സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം അവരുണ്ടാവാം ഇല്ല ഇതൊക്കെ നിങ്ങൾ ഉറപ്പിച്ചാലുണ്ടല്ലോ കുടുംബത്തിലൊന്നും ഒരു പ്രശ്നമില്ല മകള് നോക്കിയില്ല മരുമകൾ നോക്കിയില്ല അവൾ ഇങ്ങോട്ട് നോക്കി അവൾ അങ്ങോട്ട് നോക്കി മരുമകൻ വളരെയധികം സ്നേഹിക്കുന്നു മക്കൾക്ക് കാര്യമില്ല ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ പ്രശ്നങ്ങൾ കാണുന്നതൊക്കെ അവർ ഇതാണ് സത്യം എന്നാണ് ഈ ബന്ധങ്ങളാണ് സത്യം എന്നാണ് അത് കമ്പയർ ചെയ്യും ഒരു മകന്റെ ഭാര്യ മറ്റേ മകന്റെ ഭാര്യയെക്കാൾ കുറച്ചുകൂടി സ്നേഹം കാണിക്കുന്നവളാണെങ്കിൽ മറ്റേ നാളെ നോക്കിക്കൊണ്ട് പറയും എന്തിനങ്ങൾ ആയിട്ട് തന്നത് തീർച്ചയായിട്ടും അവർക്ക് സ്നേഹം കൂടില്ലേ അമ്മായി അമ്മയോട് ഇങ്ങനെയൊക്കെ നമ്മളോരോ കുഴപ്പമുണ്ടാക്കി വയ്ക്കും കാരണം നമ്മൾ തെറ്റിദ്ധരിക്കും ഇതാണ് ജീവിതം എന്നാൽ രാവിലെ തന്നെ ഉറപ്പിക്കുകയാണ് ഭഗവാനെ ഇതൊക്കെ അങ്ങേടേതാണ് എന്റേതെന്ന് പറയുന്നത് അങ്ങാണ് ഞാൻ അവിടുത്തെ ദാസനാണ് ഇതൊന്നും വാസ്തവത്തിൽ എന്റേതല്ല ഇതെല്ലാം അവിടുത്തെയാണ് ഈ എന്റെയല്ല എന്റെ അല്ല നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ മതി നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ നാട്ടുകാരോട് പറഞ്ഞ അപകടമാണത് നിങ്ങളൊരു കല്യാണത്തിന് പോണു അവിടെ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ ഭർത്താവിനെ അവർക്ക് പരിചയമില്ല ഇത് ആരുടെയാണെന്ന് വെച്ചു നിങ്ങൾ ഈ നാരായണീയൊക്കെ കേട്ടിട്ട് നാരായണീയത്തിൽ സ്വാമി പ്രത്യേകം പറഞ്ഞിട്ട് ഇതൊന്നും എന്റെ അല്ലാന്ന് എനിക്ക് അറിയും കൊണ്ടില്ല അത് ആരുടെ അങ്ങനെ അപകടമാണ് നിങ്ങളെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഈ കുട്ടി ആരുടെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെയോ അപ്പം പബ്ലിക്കായിട്ടിത് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായി അത് നമ്മൾ വളരെ വിദഗ്ധന്മാരാണ് വേണ്ടാത്തത് നമ്മുടേതല്ലെന്ന് പറയാൻ നമുക്ക് എത്ര കഴിവുണ്ട് നമ്മൾ നമ്മുടേതാണെന്ന് അറിയില്ല ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇതാരും ചെയ്തു ഏ എനിക്കറിയൂടില്ലേ ഞാൻ വഴിക്കുകയും പോയിട്ടില്ല ക്ലീൻ ക്ലീനാണ് നമ്മൾ വേറെ കുറച്ച് നിങ്ങളുടെ മാലയോ വളയോ താഴെ അഴിച്ചുവിട്ട് അഴിച്ചു വെച്ച് നൽകി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെയാണ് നോക്കട്ടെ നോക്കട്ടെ അത് ആരുടെയാണ് എന്നെയാണോ നോക്കട്ടെ കാരണം അതിന് വിലയുണ്ട് മറ്റതിന് വിലയില്ല എവിടെയാണ് അപ്പൊ അങ്ങനെ നമ്മളെ മനസ്സിൽ വില കൽപ്പിച്ച് വില കൽപ്പിച്ച് ഇന്ന് നമ്മുടെ മനസ്സ് കുടുംബ ബന്ധങ്ങളിലും വസ്തുക്കളിലും ഡിസ്റ്റേബിഡ് ആവാൻ തുടങ്ങി അപ്പൊ അത് ആവാതിരിക്കാൻ നിങ്ങൾക്ക് നല്ല ധൈര്യമുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ ഉറപ്പിക്കണം എന്ത് ഞാൻ ഭഗവാന്റെയാണ് എന്റെ കയ്യിലുള്ളതെല്ലാം അദ്ദേഹം തന്നതാണ് തൽക്കാലത്തേക്ക് മാത്രം ഐ ആം നോട്ട് എ ഓണർ ഐ ആം ഓൺലി കീപ്പർ പ്രൊട്ടക്ടീവ് ഹാളാണ് ഒരു തൽക്കാലത്തേക്ക് മാത്രം സ്റ്റോർ കീപ്പർ എന്നൊക്കെ പറയില്ലേ അത്രയുള്ളൂ നമ്മുടെ ജോലി അത് തൽക്കാലം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എത്ര കാലത്തേക്ക് വിസയുടെ പീരീഡ് കഴിയുന്നത് വരെ അത് കഴിഞ്ഞ് വേറെ ആളേൽപ്പിക്കും വേറെ ആളേൽപ്പിക്കും ഈ ചില മിലിറ്ററി ഓഫീസുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലൊക്കെ സ്റ്റോറ് നോക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ അവരുടെയാണെന്ന് വിചാരിച്ചാലോ ബാങ്കിൽ കസ്റ്റോഡിയന്മാരുണ്ടാവും ഇതൊക്കെ അവരുടെയാണെന്ന് വിചാരിച്ചാലോ മനസ്സിലായില്ലേ ഈ കുട്ടി പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ അമ്മ വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഈ മിൽക്ക് ബൂത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് മിൽക്ക് സ്റ്റോറേജ് ഉണ്ടല്ലോ അപ്പൊ അതിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ അച്ഛൻ വൈകുന്നേരം ഓഫീസ് വിട്ടുകഴിഞ്ഞാല് കോടിക്കണക്കിന് പാലാണ് ഇങ്ങനെ പാക്കറ്റ് ചെയ്തു പോണത് അപ്പൊ അതിൽ രണ്ടു മൂന്ന് പാക്കറ്റ് വീട്ടിൽ കൊണ്ടുവരും അപ്പൊ കുട്ടി അമ്മയോട് പറയണ ബുദ്ധി അച്ഛന്റെ ബുദ്ധി ഒന്നും കുട്ടി അമ്മക്കില്ലല്ലോ ഒന്ന് കാരണം അച്ഛൻ ദിവസവും രണ്ടു മൂന്ന് പാക്കറ്റ് പാലമായിട്ടാണ് വരേണ്ടത് അതുപോലെ അമ്മയ്ക്കും ദിവസവും രണ്ടുമൂന്ന് വണ്ടിലൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പോര കുട്ടിതാ കാണത് ഇതുപോലെ നമ്മള് ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി ഇതൊക്കെ എന്റെയാണ് ഇനി പറഞ്ഞു മനസ്സിൽ ഇതെല്ലാം ഭഗവാന്റെയാണ് ഭഗവാന്റെയാണ് ഭഗവാന്റെയാണ് ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലെന്ത് സംഭവിച്ചാലും അത് നമ്മളെ അലട്ടുകഴിഞ്ഞു നിങ്ങൾക്ക് പറയാം ഭഗവാൻ തന്നു ഭഗവാൻ തിരിച്ചെടുത്തു നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ തളരാതെ പറയും ഭഗവാൻ തന്നു ഭഗവാൻ തിരിച്ചെടുത്തു കൺഫ്യൂഷനുണ്ടോ ഉണ്ടോ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അതാണ് മനസ്സിന്റെ ധൈര്യം എന്ന് പറയുന്നത് അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ തന്നെ ആർക്ക് സമർപ്പിക്കണം അതാണ് മഹാബലി ശിരസ് കുനിച്ച് തന്റെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചത് തന്നെ തന്നെ ഭഗവാന് അർപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഞാൻ ഭഗവാന്റെ ദാസനാണെന്നും എന്റേതെല്ലാം ഭഗവാന്റെയാണെന്നും ഉറപ്പി അതാണ് ഓണാഘോഷം അന്ന് നമ്മുടെ ജീവിതം ധന്യമാണ് കൃതാർത്ഥമാണ് നിങ്ങൾക്ക് സദ്യ ആഘോഷിക്കാന്ന് പറയാം ഇന്നും സദ്യ ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് യോഗരദോവാരദോവാ സങ്കരദോവാ സങ്കവിഹീന യ്രഹ്മണിരമതി ചിത്തം നന്ദതി നന്ദതി നന്ദ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമതി ഗോവിന്ദനെ മുറുക പിടിക്കൂ അപ്പൊ നമുക്ക് യോഗമുണ്ടായാലും വിയോഗമുണ്ടായാലും സംഘമുണ്ടായാലും സംഘവിഹീനരായാലും ചിത്തം ബ്രഹ്മണി ചിത്തം ആരുടെ കൂടെ ഇരിക്കും ഭഗവാന്റെ കൂടെ ഇരുന്നാൽ നന്ദതി നന്ദതി നന്ദതി എപ്പോഴും സന്തോഷം മാത്രം വേണ്ടതല്ലേ ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും സന്തോഷിക്കണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മഹാബലിയിൽ നിന്നും ഈ പാഠം പഠിക്കൂ എന്താ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കൂ രാവിലെ എണീറ്റുടനെ ഒരു അഭ്യാസം നിങ്ങൾക്ക് പറഞ്ഞുതരാം മനസ്സ് വളരെ സ്വസ്ഥാവും നിങ്ങൾക്ക് ടെൻഷൻ കുറയും എന്താ ചെയ്യേണ്ട രാവിലെ എണീറ്റ ഉടനെ കൈകൾ രണ്ടു വെക്കുക ഇപ്പോഴല്ല രാവിലെ എന്നിട്ട് ശ്വാസം എടുക്കുക ധാരാളം ശ്വാസം എടുക്കുക എന്നിട്ട് ശ്വാസ ഉള്ളിൽ പിടിച്ചു നിർത്തുക എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക ഞാൻ എന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു എന്റെ ആത്മാവായ ഭഗവാന് സമർപ്പിച്ചിരുന്നു ഈ നിമിഷം മുതൽ ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്റേതെല്ലാം ഭഗവാന്റെയാണ് ഭഗവാൻ തന്നതാണ് ഞാൻ അതിന്റെ ഉടമസ്ഥനല്ല അതുകൊണ്ട് ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഞാനിവിടെ ദുഃഖിക്കുകയോ തളരുകയോ ഇല്ല ഇന്ന് നമ്മൾ രാവിലെ തന്നെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഉണർന്നു വരുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ബന്ധങ്ങൾ തന്നെ വ്യത്യസ്തമായി കാണാം നേരത്തെ നിങ്ങൾ ഭർത്താവിനെ കണ്ടതുപോലെയല്ല പിന്നെ കാണാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കിട്ടിയവരല്ലയാള് ഇതെനിക്ക് ആര് തന്നാണ് ഭഗവാൻ തന്നെ തൽക്കാലത്തേക്ക് തന്നാണ് ഏൽപ്പിച്ചു തന്നാണ് എത്ര കാലം വിസ തീരുന്നത് വരെ അതുവരെ ഞാൻ എങ്ങനെ കാണണം നല്ല രീതിയിൽ സേവിക്കണം